بسم الله من نفس قول القدير بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه ومن اتبعوا سنته الباب السادس في ما يحدو العامه من العلوم المحموده പൊതുവെ ആളുകള് നല്ല എൽമിന്റെ കൂട്ടത്തിലു എത്തരത്തിൽ വലയിസമില്ല നല്ല എൽമിൽ അത് കൊടുത്താൻ പറ്റുകയും ചെയ്യില്ല ആളല്ലണ്ടാലും മുന്തി എൽമു കൊടുത്തിട്ടില്ലെങ്കിൽ ഏ ചുരാതെല്ലാം പറയുന്ന കൂട്ടത്തിലാണ് അങ്ങനെ കുറെ അബദ്ധങ്ങളുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് മഹമ്മൂദത്ത എൽമിൽ പടാഞ്ഞത് എന്ന് വേണം പേ അപ്പൊ ആദ്യം തീരുമാനിക്കുന്ന എന്താ ഒരു എൽമ് നല്ലതാകലും ചീത്തയാലങ്ങനെ ഇൽമെന്നുള്ളൊരു അറിവാണല്ലോ അറിവ് മൊത്തത്തിലണിയാൽ നല്ല തന്നെയാന്നെ പിന്നെങ്ങനെയാണ് നല്ലതും ചീത്തയായിരുന്നു ആ എൽമ കൊണ്ട് എന്താ ഉണ്ടാകുന്ന അതിന്റെ ഫലസമ്പത്ത് എന്താന്ന് പറനം അറിയൽ എന്നുള്ളതിനേക്ക് നോക്കിയാൽ നല്ല തന്നെയാണ് ജഹലിനാക്കാണ് ഖൈറാന്നത് അറിയൽ പക്ഷെ അറിഞ്ഞാൽ എന്തുണ്ടായിത്തീരും എന്ന് നോക്കിയിട്ടാണ് എന്ത് തീരുമാനിക്കുന്നത് ചെറുതടക്കം മൂക്കർ പോയി ചിലത് അറിയാണ്ടതില്ലായിരുന്നു തോന്നി അപ്പൊ എന്തുവാണോ ബയാനുൽ കഥനുബിഹി ബഹനുൽമി മതമോൻ അപ്പൊ ഇത് പറയുന്നത് എന്താ വേണ്ടത് ചില എൽമുകള് ചിലപ്പോൾ മതമോമാവാനുള്ള കാരണം എന്താണ് അത് വേണ്ടിവരും ആ മതമോന്നല്ലോ ഇത് പൂർത്തിയാന്നു എന്താ ചില കാരണങ്ങൾ പറയണം അല്ലത് കഥിയക്കോണുബിഹി ബഹനുല്ലുലോമി മതമോമൻ എലിമകളിൽപ്പെട്ട ചിലത് മതമോമാവാൻ ണ്ടായ കാരണം എന്താണ് പറയണം ഒന്ന് ഓരോ ചത്യാവിഷയങ്ങളാണ് അസാമിൽ മറ്റൊന്നോ ഇൽമിന്റെ പേരുകൾ മാറ്റിമറിച്ചു ഇൽമിന്റെ പേര് മാറ്റിമറിക്കുന്ന ഇസ്ലാമിൽ ഒരു പേര് കൊടുത്തിട്ടുണ്ടാവും ആ അർത്ഥമല്ലാത്ത മറ്റൊരു വകുപ്പിൽ നമ്മൾ പ്രയോഗിച്ചിട്ട് വേറെ ഇന്ത്യക്ക് ചിലവാക്കുവല്ല അങ്ങനെ പറയുന്നുണ്ട് ഓരോപിനിട്ടല്ല ഇനിയും തെരീക്കത്ത് തെരീക്കത്ത് ഇസ്ലാം ഉദ്ദേശിക്കുന്ന അർത്ഥത്തിന് ഒരു ചെറിയ കത്ത് ഉണ്ടല്ല അതിനകത്ത് അങ്ങനെ വ്യക്തമാവും പക്ഷെ ആ തെരഞ്ഞെടുപ്പിനെ ദുരൂപപ്പെടുത്തിയിട്ട് നമ്മൾ നമ്മൾ ചെയ്തതാണ് ലേക്ക് മാറ്റി കഴിഞ്ഞാൽ എന്തായി ആള് മനസ്സിലേക്കു ഇതാണെന്നൊക്കെ നിങ്ങൾക്കൊന്നും ഇസ്ലാമിൽ ഉണ്ടാവും അതെന്താ പേര് വന്നത് ഇസ്ലാമിൽ അറിയപ്പെടുന്ന വാഴയിലെ തെറ്റിച്ചിട്ട് ഇവർ ഉദ്ദേശിക്കുന്ന വാറേ തെറ്റിക്കുന്നു ഇരുമിന്റെ ഓരോ കല്ലുകൾ മാറ്റിത്തിരിക്കാം അപ്പോ അതിൽ പെട്ടെന്ന് ഹിക്കുമത് ഹിക്കുമത്ത് എന്ന് കുറാനിൽ ഉദ്ദേശിക്കുന്ന ഹിക്കുമത്തിന്റെ മേന വേറെയാണ് അസമാധികാരം പറഞ്ഞു ഇതാ ഹിക്കുമത്തു നിന്ന് കളം പിന്നെ ചികിത്സക്കാർ വാങ്ങുന്നതാണെന്ന് അതാ ഹിക്കുമത് മരുന്ന് വരുകലും കുളി വരുത്തലും മറ്റേതാക്കൾ ഇതാക്കലും ഗുളികന്റെ കൂടെ ചിലപ്പം വേറെ മണ്ണ് പോകും അതായുമത്തുന്നതാണ് അപ്പോൾ ആദ്യ നാട്ടി നടപ്പിലെ ആ പേരും അർത്ഥവും അപ്പൊ യുഗത്തിൽ ലഹിക്കപ്പെട്ട കണ്ടിപ്പൊ അർത്ഥം കൊടുക്കുക ഇത് കൊടുക്കും ഇവരുടെയും മേലെ അങ്ങനെ ആട് കണ്ടിപ്പിക്കലായിട്ടുണ്ട് ഖുറാനി പറയപ്പെട്ട പേര് കൊടുക്കുക ഇവർ ഉദ്ദേശിക്കുന്ന പള്ളിലേക്ക് അതിന് തിരിച്ചുവിടുകയും ചെയ്യുക ഇതാ തീരെ അങ്ങനെ അഞ്ച് ഇസ്മുകൾ കോലം മാറുന്ന പറയുക എന്തോ മുഹമ്മദ് لذلك عندما يفقه في <تصفيق> الدين الفقهة في الدين إنه هنا دين الأنماء الرماية يلا ها يلمون بطء إدريه إسلام ديشكن الفقهرين إننا أكيداً لهم جارتاً للمقابل إدان فرويات ملابسي بارين إدان فقهن الله أبعاً ما يرقم بإدان دائين خاص كائل الفاملية ترتبطو അപ്പോൾ ഇന്ന് ഷാഫിമാവ് ഒരു ഫീഹാകുന്നു എന്ന് പറഞ്ഞാൽ പോയി ആയവടെ മസാല അറിയുന്ന ആളാകുന്നു എന്ന് അർത്ഥം വെച്ച് മറ്റൊന്നുടാന്ന് അതാണ് ഇൽ കിട്ടിയത് ഷാഫിമാവ് ഫഫീഹാകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം ഇസ്ലാമിന്റെ എല്ലാ ഫനിൽ ഓർക്കും ഹാജറായിരുന്നു എന്നും അതുപോലെ രണ്ടാമത്തെ ഇസ്മാണ് ഇൽമെന്നുള്ളത് ഇൽമം അല്ല ഇൽമം തമ്മിൽ വ്യത്യാസം ഇല്ലാതരുടെ മോർത്തത്തിൽ പോയി കണ്ടു എടുത്ത് പഠിച്ചിട്ട് വന്നാൽ അതിൽ ആലിമാന്ന് ആലിമാന്ന് ആലിമാന്ന് ഇങ്ങനെ പറയുന്നത് അൽ ഇൽമ് വേറെ മൊത്തത്തിൽ ഇൽമ വേറെ മൂന്നാമത്തേതാ സവഹീദ് സവഹീദ് എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ പ്രത്യേക അഭിഭാജ്യ ഘടകമാണ് അതിന്റെ അടിത്തറിയാണ് അതിന്റെ തവഹീദ് എന്നുള്ളത് അല്ലെ ഇന്ന് തവഹീദ് കടത്തി മുജാഹിദ് പറയുമ്പോൾ തവഹീദ് വേറെ സംഘടനക്കാർ പറയുമ്പോൾ തവഹീദ് വേറെ അത് ഇസ്ലാം വെച്ചിട്ട് വന്നോണ്ടില്ല അത് പഠിച്ചാലാണ് ഇസ്ലാമിന്റെ അടിത്തറിയാതി ചുരുക്കത്തിൽ ഓരോ പണ്ണുകാർ അവരവരെ കരിമികളിലേക്ക് ഈ ഇസ്ലാമിന്റെ കരിമാറ്റി തിരിച്ചുവിട്ടുകഴിഞ്ഞു പിന്നെ നാലാമത്തെ കരിമത്തേതാ അഞ്ചാമത്തെ കരിമത്തെ ഹിക് അപ്പൊ ഓരോന്നും തിരിച്ചുവിട്ടുകൊണ്ടെന്ന് വന്നത് എന്താണ് ഇസ്ലാമിന് അടിസ്ഥാനപരമായി ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്ന് ഓറ് പേർ പറയുക ചെറിയ മഹമൂദായ കതിർ എത്ര ആവണം വാൽ കതിരിൽ മതമോമിന്ന ചെറിയോമിന്ന് തന്നെ മതമോമായി പോകുന്ന കതിരോടെയാണ് എല്ലാം പറയും അവിടെ കയ്യിലുണ്ടല്ല ആദ്യം പറയാം ബജാനു ഇല്ലത്തിൽ മതമോമായ ഇൽമ് ആക്ഷേപാർഹമാകാനുള്ള കാരണം എന്താണെന്ന് അതിനോട് ചോദിക്കുന്നില്ല അല്ല കത്ത കൂലു ഒരുപക്ഷെ നീ പറയും അൽ ഇൽ മുഹുവരി ഒരു കാര്യം ഉള്ളാലുള്ളതുപോലെന്താണ് അതിന്റെ ജാഥകർത്ഥം അറിഞ്ഞിരിക്കൽ എന്നാണല്ലോ ഇൽന്ന് അതിനെ മോശമുള്ളത് എന്ത് സംഗതി ഉള്ളാലുള്ളതുപോലെ അറിയാൻ മോശം അവിടെ എന്താണല്ലോ നല്ല തന്നെയല്ലേ മഹുമി സിഫാത്തില്ലാഹിത്താന അപ്പൊ പൊക്കൈപ്പൊയക്കൂന്ന് അപ്പൊ ഒരു സാധനം ഇൽമാവുക ഇൽമാവനോടുകൂടി തന്നെ ആക്ഷേപിക്കപ്പെടുകയും അതങ്ങനെ അങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടാവുമോ ആര് പാരം അല്ല പറയുന്നത് അന്നൽ ഇൽമൽ ആയുധം അയനീയം ഇൽമിന് ആ ഇൽമിന്റെ വഴിയിൽ അല്ല ആ ഇൽമ കൊണ്ട് ഇവനെന്തുണ്ടാക്കി നോക്കിയിട്ട് ആക്ഷേപം അതേപോലെ പണ്ട് ഇംഗ്ലീഷ് പഠിച്ചാൽ ഇംഗ്ലീഷിനെ നോക്കി എല്ലാം ആക്ഷേപിക്കുന്നത് ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിനോട് പരിഹാസം തോന്നുന്ന ഇളക്കാണ് അടാന്ന് പറഞ്ഞിൽമിനെ പടപ്പുകള ഹക്കിൽ മതമുമാക്കപ്പെടുന്നത് അതിനാദ ഹക്കിൽ മഗുണ്ടാവില്ല അതിന് പടപ്പുകൾ താഴെ പറയുന്ന മൂന്നാലൊരു കാരണം ഉണ്ടാവും അതിന് എത്ര ആഴത്തിലേക്കാണ് ഉപർത്തിച്ചേർന്നത് ഒരു ഇൽമിന പടുപ്പുകൾ കാട്ടിയമ്പാറമാകുന്നതിന്റെ കള്ളി മൂന്നാലൊരു കാരണം ഉണ്ടാവും ഒന്ന് അല്ല അഞ്ഞക്കൂര മുഹദ്യൻ ഇല നിററിമ്മ ആ ഇന്ന് പഠിച്ച കാരണത്താലേ എന്തെങ്കിലും ഒരു നിററിലേക്ക് അത് വൺ ഉണ്ടാക്കി എത്തിച്ചേർന്നു ആ ഇമ്മാലി സാഹിബി ഒന്നിക്ക് പഠിച്ച അല്ലെങ്കിൽ ആ ഒരു ഹൈ അല്ല വേറൊരാക്ക് അതിന് ഉദാഹരണക്കമാൽമുസ് തൽസമാന്റെ ഇൽമുണ്ടല്ലോ അതാക്കൻ ഭാഗം എന്തുകൊണ്ടാണ് അതിനെക്കൊണ്ട് ഒന്നിക്ക് സാഹിബിന് കേട്ടുണ്ടല്ലെങ്കിലോ അത് വേറൊരാക്കെ കുടുംബ ഉപദ്രവത്തിൽ എത്തിക്കും എനിക്ക് പറഞ്ഞ ഇൽമുസ് നിഹർ അങ്ങനത്തെ യാഥാർത്ഥ്യം വഹുവ ഹക്കുൻ അങ്ങനെ യാഥാർത്ഥ്യുണ്ട് കാരണം ഇത് ഷഹിദൽ ഖുർആാനു ലഹു അത് ഖുർആാനങ്ങനെ സാക്ഷികഹുദ്ധി കുറാനുണ്ടല്ലോ സൌദിന്റെയും ഇടയിൽ അത് പരസ്പരം പിരിക്കാൻ വേണ്ടി അത് ഉപയോഗപ്പെടുത്താറുണ്ട് എന്ന് കുറാനിലുണ്ട് ചാനമ്മ മിന്നായി സദ്യക്കോ നബിഹീൻ ബൈനൽ മാർഗിവ സൌദി എന്ന് പറഞ്ഞ പേറോടുണ്ടാകുന്ന ബാഹിറായണല്ലോയും പക്ഷെ അള്ളാന്റെ കൂടാണ്ട് അത് ഫലിക്കുകയും ചെയ്യില്ല കുമാനു തന്റെ പേര് വന്ന് കടന്നു ആയതുകൊണ്ട് അള്ളാന്റെ കൂടാണ്ട് പഠിക്കുന്നുണ്ടല്ല അനി തീറ്റീന്നാന്ന് ഇപ്പോൾ പൗതാക്കന്മാർ വിശ്വസിച്ചിരിക്കുന്നു നമ്മുടെ തൊട്ടപ്പുറം തന്നെ എന്താണ് ഉമാവും ഇല്ലാബ് ഇതിലില്ലാ നിങ്ങളുടെ ആണ് എന്ത് വായിക്കോട്ടെ അള്ളാൻ ഇതിലില്ലാണ്ട് അത് പഠിക്കൊന്നും ജീവില്ല എന്ത് വേണമെങ്കിൽ അത് വേണമല്ല അപ്പൊ അള്ളാന്റെ പഠിക്കുന്ന കാണുകയാണെന്ന് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ മുത്തനബിക്ക് പലിശന പറഞ്ഞു മുത്തനബിക്ക് അങ്ങനെ നേരെ പലിശനാണ് നെയ്യപ്പെട്ടെന്നല്ലാണ്ട് പലിശന അങ്ങനെ എന്തെല്ലാം കൊണ്ട് ചെയ്ത കെട്ടിച്ചോക്കുമ്പോൾ അതിരിയലേ എന്നെല്ലാം വിശ്വസിക്കും മനസ്സിന് വീണ്ടും അതാ അപ്പൊ അത് ആയതാം എന്ന് പറഞ്ഞത് അതുകൊണ്ട് അന്നാലും കൂടാതെ വലിച്ചു എന്നല്ല അപ്പൊ പെരണ്ടോൾ തിന്നാലും വിഷം മാറാനും സ്നേഹം കൊണ്ടുണ്ടെങ്കിലും ഉപദ്രവം കൊണ്ടാലും രണ്ടു കണക്ക് തന്നെയാണ് ഒരാള് വിഷം കുടിച്ചിട്ട് മരിച്ചലും സ്നേഹം കൊണ്ട് മരിച്ചും രണ്ടു കണക്കാണ് വിഷയത്തിൽ അന്നാൻ ഇതിലല്ലാണ്ട് വിളിച്ചൂരാണല്ലോ എനിക്ക് ഏ ഖുറിയ പേര് ഡോളിന്റെ പേര് ഖുറാനിന്റെ അല്ല ഉണ്ടാ പേര് ഒന്നും ഉണ്ട് അള്ളാനും വിളിക്കുന്നു സൂഹ്മാലി അത് ഹരീചറിച്ച് വെച്ചതാണ് തങ്ങൾക്ക് സേഹത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ അക്കാരണത്താൽ തങ്ങൾക്ക് ചില രോഗം വന്നിട്ടുണ്ട് സേറോണ്ടുദ്ദേശിക്കുന്നൊന്നും വന്നിട്ടില്ല ഹത്ത അസമു ദീരഹി ഇതെല്ലാം വന്നിട്ട് തങ്ങൾക്ക് വിവരം നൽകി വാഹവീൻ അങ്ങനെ ഒരു കല്ലിന്റെ അടിയിൽ നിന്ന് സെഹദ് വറത്തെടുത്തു എവിടെ ഉണ്ടായിരുന്ന ഈ കാര്യം ഇതിൽ ഒരു കിണറിന്റെ അടിത്തട്ടിലി കല്ലിന്റെ അടിയിലായിരുന്നു ഈ സീറ് കൊണ്ടെച്ചു ആ നേരെ വെള്ളമെല്ലാം തോന്ന് ചോര വരകിപ്പോയി എന്ന് പരിസരത്തുള്ള ഇതപ്പോ തോട്ടാൽ ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞു അപ്പൊ അത്ര കടപ്പീറാണെങ്കിൽ ആ ചക്സ ഒരു ലഹരം ജീവിക്കാൻ പാടില്ല ഒരു വയ്പോണ്ടെ പക്ഷെ എന്തായാലും ചിലർ ക്ഷീണം ഇതല്ല അതുകൊണ്ട് അങ്ങോട്ട് മര്യാദ അപ്പൊ അതിൻ്റെ താരീഫ് അറിയുന്നതാ വഹുവാന്ന് വെച്ചാ മുത്തും മോണിക്കോന്നല്ല ആമിന്റെ മുഖാമിലൂടെ ജവഹർ ചില വസ്തുക്കൾ ഇന്നത് ഇന്നതുമായിട്ട് ചേർത്താൽ ഇന്ന പലതെന്ന് പറഞ്ഞ പണ്ടല്ലെ കണ്ണാടി എന്ന് പറഞ്ഞപ്പോ നായ് പാലും മറ്റെന്തോ ചേർത്താൽ എന്തെല്ലാം ഉണ്ട് എന്ന് ആണ് അത് കുട്ടിക്കോ ഇവിടെ കല്ല്ന്നല്ല ഉദ്ദേശം അരമ്പിന്റെ മുഖാമറി പറഞ്ഞ ജൗഹർ ചില ജൗഹറുകൾക്ക് എന്തുണ്ട് ചില ഹമാണ്ട് ആ ഇന്ന ഇന്ന കാര്യങ്ങളെ കൂട്ടി ചേർത്താൽ എന്തുണ്ടായിത്തീരുമെന്നൊരു പിന്നെ അതുകൊണ്ടും ഇസ്തീഫാത ചെയ്യലുണ്ട് ഇസ്തഫാദും പിന്നെ വബിൻ ഹിസാബിയും നക്ഷത്രങ്ങൾ ഒരിക്കുന്നുണ്ടല്ലോ ഇല്ലേ അതിന്റെ ഹിസാബിയായ ചില അമറുകൾ കൂട്ടിയിട്ടും അതുകൊണ്ടും ഇസ്തീഫാത ചെയ്യാറുണ്ട് നമ്മൾ രണ്ടിനത് ഒന്ന് കെമിസ്ട്രി പ്രകാരം നടക്കുന്നത് മറ്റതിന്ജുമെന്ന് നോക്കൂല രണ്ടെണ്ണം പൊഞ്ഞിരിക്കുന്ന എന്തായാലും പറയുന്ന സൈനായിടാ പൊന്നു ഇരിക്കുന്ന സാധനമില്ലേ അതും ചേർന്നാലെ നീരും കൂടി ചേർത്താല് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അടിച്ച് വിൽക്കുന്നു അത് മറ്റോ അറിയാതെ കൊണ്ടു കലക്കി കൊടുക്കുകൊണ്ടിരിക്കും കുടുംബം തേച്ചും കൊല്ലം ഞങ്ങൾ പൊട്ടിക്കാട്ടുന്നില്ലേ കുടുംബം തേച്ച് അച്ചടിച്ച് കൊന്നിട്ട് കാണുന്ന പൊന്നെ മരി കൊണ്ടുപോയല്ലേ മതി കാരണം അവിടെ പെണ്ണും കടലോ പണി എടുത്തിട്ട് വെച്ചിട്ടുള്ള പൈസത്തെല്ലാം മുന്നേ വാങ്ങി തട്ടാനും കൊണ്ട് കൊടുക്കും ഇതിന്റെ ഓരോന്ന് ആവരണങ്ങൾ ഉണ്ടാക്കിണ്ടാക്കിണ്ടാക്കി ഉണ്ടാക്കി നോക്കാണ്ട് അപ്പൊ ഈ പെണ്ണുങ്ങൾ ഇത്ര ആവരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരം പണിത്തരം ഉണ്ടെങ്കിൽ എല്ലാം ആർക്കറിയാം തട്ടാൻ ഊപ്പർക്കല്ല അപ്പൊ ഒരു ദിവസം പൊരക്ക് എന്തോ നോക്കടാ ഭാര്യ അതിന് നമുക്കൊന്ന് ചെയ്യാതെ മനസ്സിലാക്കാനും നീരടുത്ത് മണ്ടിച്ച് അതിനോട് തിരിച്ച് കൊടുത്തു അവർക്കുള്ള എല്ലാവരും നിമിഷം വെച്ചിട്ട് മരിച്ചു വേണം അവനുടനെന്താക്കി അവിടെ കൊഞ്ഞ് വെച്ചിന് എല്ലാം വാരി കട്ടാക്കി അവൻ സമീപത്തിനെ പറയാൻ ഒച്ച മെച്ചു അതെന്താണ് സേന നല്ലത് സേന താരീച്ചതും പൊടും പ്രാധ്യമ പറഞ്ഞല്ലോ വ്യക്തി അറിയാതെ കണ്ട് എന്താ സംഭവിച്ചെന്നായിരിക്കും പുറത്തും കിട്ടാത്ത രീതിയിൽ എന്തെല്ലാം അപകടങ്ങൾ സംഭവിക്കുക അത് എന്തിനാ അപ്പൊ ചൈനാട് ജനനാരക നീന്തും തമ്മിൽ ചേർന്നാൽ എന്താ ശക്തി ഉണ്ടാവും ഓരോ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട് അതല്ലേ സമാസും ജവാഹിർ എന്നിട്ടോ ജവാഹിർ നേരത്തെ പറയപ്പെട്ട ജവാഹിർ ഇല്ലേ അതിൽ നിന്നുണ്ടാക്കും ഹൈക്കരൻ ഒരു കോലം അലാ സൂറഫ മനുഷ്യന്റെ രൂപത്തിൽ എങ്ങനത്തെ മനുഷ്യൻ അൽ മസൂർ ആരിക്കാണോ സെഹരി ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ പേരിന് അതായത് പോലത്തെ സൈക്കിളിണ്ട് അതിന്റെ ഭയ പ്രതീകം ഇന്നാക്കാന്ന് അതിന്റെ പ്രതീകം ഉണ്ടാക്കൂ വയറും ഈ വക്ഷം മസ്തോസും എന്നിട്ടോ ഈ ഈ പ്രതീകം ഉണ്ടാക്കിയിട്ട് അതെന്തോക്കുണ്ടാവൂല്ലോ ഒരു പ്രത്യേക സമയം കാത്തു നിൽക്കൂ മിനാൽ മത്താൽ ഈ നക്ഷത്രങ്ങൾ ഉദിക്കുന്ന പ്രത്യേക സമയം സാധനം രാശയിൽ ഉദിക്കണോ ഉദിക്കണോ എന്നും പറയുന്നില്ല സുഹൽ ഉദിക്കണമെന്നും പറയുന്നേ അതിന്റെ ഈ ഒരിക്കലെന്ന് പറഞ്ഞാൽ ഈ ഇതിങ്ങനെ വട്ടത്തിൽ എണ്ണിയാൽ ഒരിക്കലാണ് പോകാം എങ്ങനെ പുതുക്കലെന്ന് പറഞ്ഞാണ്ട് ശംസം മധുഹ വല്ലത്താൽ ഇത് വൽക്കമാർ സുഹൽ മുസ്തരി മെരുതി എഫ് കൊണ്ടേ ഇതെന്താ ഇവിടെ സംഭവം ശരി അപ്പൊ ശംസ് എക്കോട്ടെ ഉദിക്കാം ഒരു ദിവസം ശംസം മധുഹ വല്ലത്താൽ ഇത് സുഹൽ മുസ്തരി മിരുതി ഏഴും കഴിഞ്ഞ് എട്ടാം താഴത്ത് ഒരു മണി ഒരു മണിക്ക് വീണ്ടും സുഹൃദിച്ചു ഒരോ മണിക്കൂർ വെച്ചിട്ട് അപ്പോ ഒരു ദിവസം മൂന്നോട്ട് സൂര്യക്കലാം അങ്ങനെ അവർ നമുക്ക് വസാപി ചെയ്യുന്നുണ്ട് അത് രണ്ടാണ് ഞാൻ മാതിരി പഠിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുന്നത് കുതിക്കല അങ്ങനെയാണെങ്കിൽ ആറു മണിക്കല്ലേ കണക്കൂട്ടെ ആറ് മുതൽ ഏഴുവരെ എട്ട് വരെ ഒമ്പത് വരെ പത്ത് വരെ പതിനൊന്നും പതിനൊന്ന് വരെ ഒരു മണിവരെ ഒരു മണി വരെ ഏഴ് താഴ്ച ഒരു മണി മുതൽ രണ്ടു മണി വരെ ഏതായി പിന്നെയും ഷംസ് വീണ്ടും ഉദിച്ചു കുതിക്കൽ തന്നെ ആളു രണ്ടാമത് സുഖാ വീണ്ടും കമറുദിക്കൂട്ട് ഒരിക്കോ സാധനം അസ്മാകരമൊക്കെ പറഞ്ഞാൽ കുതിക്കൂന്ന് അത് ഞാൻ ചിലപ്പോ തിങ്കളാഴ്ച ഉടിച്ചു തിങ്കളാഴ്ച ഒന്നോ സായത്ത് ഏതാന്ന് കവറല്ലേ ഒന്നോ രണ്ടോ സായത്ത് പതിനാലോ രാവിലെ രണ്ടോ നമുക്ക് അന്മോമ്പിൽ അസ്മിക്കുന്നതാണ് അതിന്മാക്കി ഒടിച്ചതാണ് എന്നാൽ പറഞ്ഞ് ജീവൻ അറിയാത്ത കവറുണ്ട് അനുസരിതാണ് വഫോക്കുല്യാണിയും ഇങ്ങനെ കടിയെച്ചതാക്കേണ്ട പഴയ കാര്യങ്ങളുണ്ട് ഒഫോക്ക പുലിരിയിൽ നിന്ന് അനിയും ഒന്ന് പിന്നെ ഏതാണ് മറ്റുള്ള ആൾക്കാർ നോക്കുന്നു അതായത് ഹസി ബന്ധം അങ്ങനുള്ളിൽ ഉള്ളത് അവ ഇപ്പം തന്നെ സാധനം തയ്യാറാക്കി ചില ജവാഹർ ചില ഒമൂറൻ നിഷാബിയ അതുകൊണ്ട് ആ ജവാഹർ ഉപയോഗിച്ചിട്ട് ഹൈക്കണമെന്നല്ല അർത്ഥം കിട്ടാം അങ്ങനെ ഒരുക്ക പക്കലുണ്ട് ഐക്കം തന്നെ ഉറുക്കുന്ന അർത്ഥം അങ്ങനെ പേരൊന്നെ ഐക്യൊന്നും ഉറക്കണമല്ല അങ്ങനെ പേര് എന്താ അയച്ചൽ തന്നെ പ്രതിമ എന്ന അർത്ഥം ഓ ഇല്ലാത്ത പ്രതിമയില്ല അങ്ങനെ ചില വക്കത്ത് കാത്തുകൊക്കെ ആ സാധനത്തിനോട് ഇനി എന്താക്കണം ചേർക്കണം കരിമാൻ ചില കരിമാൻ ചില മന്ത്രങ്ങൾ ഉണ്ടാവും ഇത്തരം അത് വായു കൊണ്ട് മൊഴിക്കണം വട്ടം ചെല്ലണം ചില കസ്മങ്ങളും ചില മന്ത്രങ്ങളൊക്കെ ആക്കണ്ടേ പക്ഷെ അതാ ഉണ്ടായി കുഫുരി വൽഫിൽ മുഖാലിഫും സെറും സെറിന്റെ മുഖാലിഫായ കുറെ ഫുഹസും കുഫുറുമായിരിക്കും ആ കെഡിമാത്തിൽ ഉണ്ടാകുന്നത് എന്നാലെ ദേവതങ്ങ് വരൂ ഇങ്ങനെയൊക്കെ ചെല്ലിയിട്ട് അതിനവിടെ കൊണ്ടുപോകണം എന്നിട്ട് വൈസവസ് ഈ കെഡിമാ കൊണ്ട് എന്താ കിട്ടുക എന്നറിയോ ഇയാൾ ചൈതമാറക്കൊണ്ടുള്ള കത്തി ഈ കെരിമഹത്തോടെ എന്താണ്ടാണ് ഈ ചൈതാൻമാറച്ചെ കൊട്ടൽ മാടലാകുമ്പോഴാണ് ഓർ ആവർത്തിക്കാൻ ഇപ്പത്തെ കൊട്ടൽ ചൈതാൻ പറയും കാര്യങ്ങളാക്കിയല്ലോ ഇതാടിക്ക ഇതെല്ലാം കട കൂടും ഉണ്ടായിട്ടില്ല എന്താ ബി ഹുക്കുമിജായില്ലായിത്താനല്ല ആദച്ച അല്ലാഹുത്താലും ആദസ് നടത്തി എന്ന കണക്ക് പ്രകാരം എന്നല്ലാണ്ട് അതിന്റെ സ്വന്തമായിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഹാമിന്റെ പറഞ്ഞോളൂ ഓഫീസിൽ മഹാബി കൊടുക്കില്ല ഓഫീസിനെ പണി ഓഫീസ് കൊടുക്കുന്നു തൗഹുറീബ് മുഹാബി അതി കൊടുത്തിരുന്നു ആലത്തിനെ അള്ളാഹുത്താല നടത്തുന്നു ഹുക്കമിന് ഇസറായി ഇല്ലായിട്ടാൽ വെച്ചു അള്ളാഹുത്താല അവന്റെ ആലത്ത് നടത്തുന്ന ഹുക്കും പ്രകാരം ഉണ്ടായിത്തീരും അഹ്ബാലും ഹരീബത്തും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ചില ഹരീബായ അഹ്ബാലുണ്ടാകും ആര് ജഗീഷ് അഫ്സിൽ മസഹറായ മനുഷ്യന്റെ വ്യക്തിയിൽ ഇതിൽ അനുഭവിച്ചിട്ടില്ലാത്തല്ലോ ദശമങ്ങൾ ഇവിടെ കാണാൻ തുടങ്ങുന്നുണ്ട് അവിടെ അന്നാതിന് ഇവിടെ കാരണം എന്ന വർദ്ധന കൂട്ടി പറഞ്ഞതാ ഈ കാര്യങ്ങൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ആ ഒരു മാരിഫത്തെ എന്തല്ല നിലയ്ക്ക് ഇതെല്ലാം ഒരാൾ അറിയുന്നു എന്നാലോ ലൈഫത്തിന്റെ മോഹ്മത്തിന് അത് കുറ്റകരമല്ല وَلَاكِنَّهَا لَيْسَ تَصُلَهُ إِلَّا لِلْإِنْرَارِ بِالْخَلْقِينَ فَأَدَفُّقَ لَكِوْرَ مَرَرَنْدَا كَانَ اللَّا غَيْرُغَوُ لَا يَمِّلْ لَمَلَكَ الْمَرْمُوْتَ عِلِّينَ ينه كنت تولي تولي تولي تولي ورباقات ته صاحبين امراك كفرون نحن نحن نحن نحن نحن نحن نحن نحن نحن نحن نحن نحن نحن نحن വൽ വസീതത്തിൽ ഇത്െറിൽ ചെറുവും ചെറിലേക്കുള്ള വസീത ചെറായി അങ്ങനെയാണ് ഇൽമു ചെറുതാലും അത് ഇൽമുമായി അതോടൊപ്പം മതഭൂമുമായി ഇതിന്റെ കാരണത്തിനുണ്ട് അതാ ഇനി വേറെ ഉദാഹരണമായിരുന്നു ഇതെന്ന് അമ്മാന്റെ അവധിയാക്കളിപ്പെട്ട ഒരു സാനിഹായ വ്യക്തി എന്തെങ്കിലും ഓട കൊല്ലാൻ വേണ്ടി ഒരു നാല് മേൽ ഈ നാല് മേ എവിടെയാണ് ആരോട് ചോദിച്ചു ഇവനോട് ചോദിച്ചു അല്ല ഇന്ന അടടി ഇട്ടിന്ന് അയാൾ കണ്ടിട്ടുണ്ടാകുന്ന കൊല്ലണല്ല അപ്പോ ഞാൻ നേര് വരണമല്ല നേര് കാരണം എന്നുള്ള നിലക്ക് ഇന്ന സ്ഥലത്താണ് ഓർമ്മ ഉള്ളത് എന്ന് പറഞ്ഞു തന്നു അത് നേരും ഇങ്ങനെ എന്നുള്ള നിലക്ക് നേരന്നെയാണെന്നില്ല അയാൾ പറഞ്ഞു നേരെന്നെ ച പക്ഷേ ഇത് മുഖേന എന്താക്കും ഈ അവലിയ അയാൾ കൊല്ലാൻ വേണ്ടി വഴികാട്ടിലായി എന്നുള്ള നിലക്ക് അയെന്തായി കാത്തിന്റെ സമില്ലാന്ന് ആരുള്ള ഇപ്പോ ഈ നേര് പറഞ്ഞ മതി കുന്തെടുത്തോന് ഒന്നാം പ്രതി അറിയിച്ചു കൊടുത്തോന് രണ്ടാം പ്രതി കൊന്ന കാത്തില്ലേ ഒരു കൂട്ടൂലി സിച്ച അപ്പൊ നേര് പറഞ്ഞ സിച്ചേ ആ നേര് പറഞ്ഞ വകയിലല്ല നിന്റെ നേര് പറഞ്ഞുകൊണ്ട് എന്താ ഉണ്ടായി മറ്റയാള കുട്ടം കിട്ടാനുള്ള കാരണമായിരുന്നുണ്ട് അവന്റെ പിന്നെ അതുണ്ടാവും അദീസിനടുത്ത് ഉദ്ധരിച്ചിട്ട് മറ്റേ ഞാൻ പറഞ്ഞില്ല സയ്യാദിനെ തൈ പറഞ്ഞില്ലേന്ന് ആ അതങ്ങനെ അടുത്ത് വെച്ചിട്ട് ഞങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ടല്ലോ അവിടെ തക്കബീരൻ മറക്കത്തിന് സംഭവ് അപ്പൊ ആരായിരിക്കും സാഹാബ് തക്ബീരൽ മറക്കി എന്നാണല്ലോ അദീസിനെ വരിക ആ അത് ഞങ്ങൾക്കോട്ട് അവതരിപ്പിക്കുക ഇപ്പൊ കാര്യ പറയുക എന്താ അതൊന്നും പൊടിക്കോറും പോലും ആക്കിന് പോലും ഞാൻ അവിടെ പറഞ്ഞു നിങ്ങൾ പറയാൻ പാടില്ലല്ലോ ഞാൻ പറഞ്ഞു ഞാൻ പറയാം ഇതുകൊണ്ട് ഉണ്ടായെന്താ സ്വയം കുറ്റം ചെയ്യാനും അസാപി മാറാൻ തെറ്റിദ്ധാരണ വെച്ച് പുലർത്താനുള്ളത് കാരണം തീർന്നു മറ്റൊരു കാരണം മണിത്ത വലിയമ്മിൻ ഔലിയായില്ലായി താലാൽ ഈ അകൃത്തുലഹു ഒരാള് അള്ളാന്റെ അവലിയാക്കളിൽപ്പെട്ട ഒരാളൊക്കെല്ലാം വേണ്ടി പിന്തുടർന്നുവരുന്നു ഒരു സുരക്ഷിതമായ സ്ഥലത്ത് ആര് പോയി ഒളിച്ച് ഈ വലിയ വേറെ ഒഴിച്ചിരിക്കുന്നത് നാലിമോ വന്നത് ചോദിച്ചാല് പറഞ്ഞുകൊടുക്കണോ വേണ്ടിയോ എന്താ പറയു തരം പാടില്ല ഏ ഞാൻ നേരല്ലേ പറഞ്ഞത് പുറത്തേ ഒരാൾക്ക് ബൈ മണിച്ചു കൊടുക്കല്ലേ ഞാൻ പറഞ്ഞു നേരല്ലേ നേര് നേരായ ഭാഗത്തിൽ കൂടി ഇതൊന്നും പറയുന്നില്ല ഇന്തിന്റെ നേര് കൊണ്ട് എന്തെങ്കിലും കൈ തീർന്നതാണ് അവിടെ ആ ഒളിച്ചിരിക്കുന്ന മഹനിനെ കുറിച്ചിട്ട് അറിയിച്ചു കൊടുക്കൽ ജാ ഇതല്ല പറഞ്ഞു പറഞ്ഞു അതോടാണ് കടുവ ും ഈ എറിശാതും വൈബാദത്തും ഇന്നും വിശ ഈ അലാമാഹുമാരി മൂപ്പർ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തിനെ കുറിച്ച് മറ്റു വെച്ച് പറഞ്ഞുകൊടുക്കൽ വൈ അറിയാത്ത ഇന്ന് പഠിപ്പിച്ചു കൊടുക്കലാന്നൊക്കെ ഞർത്തം പക്കാല അല്ലെ അലാമഹാരില്ലേ പക്ഷെ വരാ ചിഹ്നവും അതുമോ യാഥാ ഈ മറ്റോ കൊലയിലേക്ക് എത്തിക്കാൻ അത് കാരണമാകുന്നത് കൊണ്ട് തീർന്നു അതിന് മറ്റൊരു ഉദാഹരണം പറഞ്ഞു സാധനം നല്ലതന്നെ നല്ലതാവും അനുഭവമായി മാറാറും തന്നെ മനന്തര കാലം നോക്കി അത് തോന്നും അപ്പൊ എന്താണ് മുമ്പ് പറഞ്ഞത് ആ ഇന്ന് കാരനോ വേറൊരാൾക്കോ ഉപദ്രവമുണ്ടാകുന്ന ഇരുന്ന് അത് ഓർമ്മമായി രണ്ടാമത്തെ തന്യക്കൂന്ന് മുതൽ വന്തി താഹിരഹിതി വാണിവില്ലം എപ്പോഴും നിർവഹിക്കൊണ്ടെന്നില്ല നേരത്തെ മുതിർന്ന മുറ്റലക്കാഴ്ച വന്ന് ഇത് റാലിൻ നമ്പറിൽ മുതിർന്ന വലാപതി വൈറംഗ് ആയിക്കൊള്ളൊന്നുമില്ല അതാ ഒന്നും രണ്ടും നമ്പില് വ്യത്യാസം ഉദാമത്തെ നുജൂമിന്റെ ഇൽമു പോലെ നുജോമിന്റെ ഇൽമ ചില നല്ല വശങ്ങളുണ്ട് കണ്ടുപിടിക്കാൻ പോണ്ടേ കര കാണാനും അതുപോലെ വക്കത്തുകൾ ബാലാമാസമിഹും നിർത്തത് അതൊരു വശം അതിനാണ് ആസ്ട്രോളജി ആസ്ട്രോണമി രണ്ടെണ്ണുണ്ട് ആസ്ട്രോണമി എന്ന് പറഞ്ഞതാണേത് ഈ നല്ല വശം ആസ്ട്രോളജി എന്ന് പറഞ്ഞാലാണ് ഇന്ന സമയത്ത് ഇന്ന കുട്ടി ജനിച്ചാൽ എന്താണ്ടാലും അവന്റെ രക്ഷനം എന്താന്ന് ഇവിടെ ദാരമ്പര്യം വരികയോ കാര്യം വിജയിക്കോ അതാക്കോ ഇതാക്കോ പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറഞ്ഞില്ലേ അതിന് ഇസ്ലാം യാതൊരു അടിസ്ഥാനമില്ല ജോസ് എന്ന് രണ്ടും രണ്ടല്ലേ ഒരാർക്കാരുടെ കിട്ടാബ് അറിവ് മലയാളത്തിൽ എഴുതി ഏഹ് ചില കിരീഷക്കാരന്റെ പേരും ചായ പേരും ഇങ്ങോട്ടി മൂന്നും ഇൻകൂട്ടി മൂന്നും കൊണ്ടരിച്ച് ചിറ്റവും മിഞ്ചവും ജോസമാർട്ട് കണക്കല്ലുണ്ട് അവിടെ അവശേ സമ്മാനം ഉണ്ടാക്കിയതിനെ പറ്റി പറയലേ ഒരു അസമാധാന കർമ്മം പറഞ്ഞു ഒശേ സമ്മാനം ഉണ്ടാക്കിയല്ലേ ഇങ്ങെന്താണ് ഏഹ് ഓർക്കും പോലത്തെ കാരണം പറഞ്ഞ ഏതോ ശേഷം ഉണ്ടാക്കിയത് ഏത് ഏത് തലീയമായി അക്കാൻ സമ്മതിക്കാം നിരോധം കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് എന്താ മിഞ്ചൻ ചെറുക്കൽ എന്ന് പറഞ്ഞാൽ എന്താ മിഞ്ചൻ ചെറുക്കൽ എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഇത്താണ്ടല്ലോ കാര്യമേ ഇത്തായിട്ട് പിന്നെ മൂന്നുകൊണ്ട് ഇരിക്കുക മൂന്നുകൊണ്ട് അത് മൂന്നു ഏറ്റുമാരല്ലേ രോഗം മാറും മരിക്കും സംശയം നാലാമത്തെ ഏറ്റവും ഇല്ലല്ലേ ഈ രോഗം മാറാൻ നോക്കുക ഇന്നത് വന്നാ മാറൂ ഇന്നത് വന്നാ മരിക്കൂ രണ്ടോ നോ സംശയം അത് ഉത്തമം അഥമം മദ്യമം എന്ന് പറഞ്ഞാൽ മതി ഞാൻ ഗുണമുണ്ടായിട്ട് കണക്കിലും കൊടുക്കുന്ന ഗുണമുണ്ടായിരിക്കാൻ ഇത് വേറൊന്നും ഉണ്ടായിരിക്കലുണ്ട് ആരെന്തെന്ന് ബാർദ്ധക്യം ഇതൊന്ന് ബാല്യം യൗവനം ഇതിൽ നിന്ന് ബാർധക്യം വരണം നാലോണ്ടിരിക്കും ആയുർവേദം എന്ന് പറയുന്നത് പണ്ട് നമ്മൾ സാമ്യം കൂടുന്നുണ്ടല്ലേ അതാണ് ഇൽമിൻ്റെ അതാ ഫൈനു റൈറു മതമോമിൽ ആ ഇൽമിന്റെ ദാത്തിലേക്ക് നോക്കുമ്പോൾ റൈറുമതമോമാണ് അതാണ് ഒരു നക്ഷത്രം എങ്ങനെയാണ് ഒഴിക്കുന്നത് അതിന്റെ സ്ഥിതി എങ്ങനെയാണ് അതിന്റെ സഞ്ചാരം എങ്ങനെയാണ് എത്ര വലിപ്പമുണ്ട് എത്ത നോക്കിയിൽ അതിനെപ്പറ്റിയുള്ള ഗവേഷണം നടത്തുന്നു അതാണ് ആഷ്ടോൺ ജി അല്ലെട്ട മറ്റേ ഖുറാഖാത്താണ് ജി അതിന്റെ ഖുറാഖാത്തിനെ ജി കൊടുത്തത് തരും സാധാരണ ശാസ്ത്രീയമായ കണ്ടു വൃത്തങ്ങൾക്ക് കൊണ്ട് തെളിക്കപ്പെട്ടിനാ ജി കൊടുക്കണമെന്നാണ് ഞാമോ ബയോളജി സൈക്കോളജി ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ജി ജി കൊടുക്കേണ്ടി കണിമയുള്ള ശാസ്ത്രത്തിന് ഇന്ന് ജ്യോതിഷ മത്സരം ഉണ്ടാക്കി ജി കൊടുത്തു ഇനി പകരം ഇപ്രിയ കൊടുത്തു അത് അതൊന്നും തപ്പിക്കലാണ് ഇത് ഹിസ്മാണി ഇത് രണ്ടു തരത്തിലുണ്ട് ಅದನ್ನ ಒಂದೆdismun kitabiyum kitabiyaya dismun wa qad zakara nattakal quran quran muñinjittunde <comforting> bi anna masira ash-shamsi wal kamari mahtubun shamsi de kamarin de nadattam idu prathe kanakani chenchondanu itara va kayke itara daradannu parthidhu da qala allah ta'ala astum tuhaluka maru bihi habban da അഷ്ടംസ വൽക്കമർ ഒന്ന് ഹസ്ബാൻ എന്നെ പറഞ്ഞിട്ടുണ്ട് സൂര്യനും ചന്ദ്രനും ഹസ്വാനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സഞ്ചരിക്കുന്നതെന്ന് അതിന് പ്രത്യേക കണക്കുണ്ട് കണക്കൊന്നും ഇല്ലാണ്ട് നടക്കില്ല കൃത്യമാർ ഉടനെന്നല്ല വൽക്കമ കനാഥന ഹട്ടുജോലി സദീം എന്നുള്ളത് കമറിനെ പ്രത്യേകിച്ചുണ്ട് അതിനെന്താ രൂപം മാറ്റിട്ടല്ല മാസം ഒന്നിന് ചെറിയത് വരാം രണ്ടാമം കൂടി അതിനാൽ എന്ന് പറഞ്ഞു അട്ടി അട്ടി അട്ടിങ്ങനെ കുടങ്ങി അതിന് ചൂഷണം ചെയ്യുന്നതാണ്ട് ഒരു മുണ്ടെടുത്തിട്ട് മോത്തുള്ളൂ എന്നിട്ട് ഇങ്ങനെ നോക്കി പറയുന്നത് രണ്ടാകില്ല മൂന്നാലാകാണ്ട് മ്മ് അതിനപ്പൊക്കെ മാട്ടും എന്ന് പറഞ്ഞല്ലാം ഇങ്ങനെ നായിരം രാവിലെ കാരണം നേരെ മുണ്ടെടുത്തിട്ട് ഉണ്ടാക്കുമ്പോ നൂലിന്റെ വരക്കൊപ്പം ഇച്ചിരി വരും അപ്പൊ ഇത്ര കീറുണ്ടെന്ന് തോന്നുന്നു നെയിലോട്ടം ചെറുക്കി നൂടാകുമ്പോൾ നൂലോണ്ണം കണ്ടിട്ട് ചേടാ വരുന്നത് ആ ചേട് വരുമ്പോ ഇതെങ്ങനെ മോർച്ച് കണ്ടെങ്കിൽ ഞാൻ തോന്നുന്നു ആ ചേടിന്റെ ഭാഗത്തേക്കൂടി കണ്ടു അപ്പൊ ഇന്നായിരം രാവിലും അങ്ങനെയുണ്ട് ചെറിയടെങ്കിലും ഇരുപത്തിയമ്പതിലൊന്നെങ്കിലും മാസം സാക്ഷിതെ തെളിഞ്ഞുക അതിന്റെ വപ്പത് പൂർത്തിയാക്കലുണ്ട് മൂന്നാമത്തെ മാർഗം ചെറു കീലിടെങ്കിലും ഉണ്ടാ നിങ്ങൾ നാളെ തടസ്സം ചെയ്യും തടസ്സം ചെയ്യുമ്പോ ഈ നൂല് മറയാവും മറയാമ്മ നൂലിന്റെ അടിയിലുള്ളവരെത്തി അതിന്റെ അടിയിൽ വേറൊരു എത്തി അപ്പൊ ഓരോ ദിവസത്തെ കീറ് ഈ നൂലിന്റെ വരിക്കൊപ്പിച്ചാണ് മുറിച്ച് അട്ടിയാക്കേണ്ടത് ഏതാ ണ്ടായാലോ ഇവിടെ ചാക്കുമോണലിന്റെ അകലത്തിലും ഞച്ച കൂടുവല്ല പിന്നെ മാസം കണ കണക്ക് എന്താണ് ചെങ്ങലത്തെ അഞ്ചാം ദിവസം ഇല്ല എനിക്കുള്ള കാവിമാരെ നോമ്പ് വാത്തിലാക്കി എന്ന് പറഞ്ഞിട്ട് ഒരാള് തർക്ക അങ്ങനെ ഞാൻ ഒഴിവാക്ക ചെയ്തു അവസാന ദിവസങ്ങളും വെള്ളം നിങ്ങൾ പ്രധാനമായിട്ടും പൊട്ടുന്ന ചേച്ചു പിന്നെ നല്ല ഭാഷ നാട്ടിൽ പിന്നെ ആദ്യത്തെ ചോദ്യം തന്നെ കഞ്ഞോലത്തെ ദിവസം എന്ന് പറഞ്ഞാല് ആ എട്ട് താൽ ദാസിലോ സാലിജോന്നു കഞ്ഞൂലത്തെ ദിവസം മുതൽ അഞ്ചും തന്നെ ആദ്യം ദാസിലോ സാലിജോന്നു കഴിഞ്ഞോല ഞായറാഴ്ച അപ്പൊ ഞായർ തിങ്കൾ ചൊവ്വാ ബുധൻ ഞാഴം അങ്ങനെയാണോ അല്ലെ ഞായറാഴ്ച പൊട്ടിട്ട് തിങ്കൾ ചൊവ്വ ബുധൻ ഞാഴം വെടി അങ്ങനെയാണോ അഞ്ചോ ില്ല അനീതി ഇല്ലാത്ത പിന്നെ നിങ്ങൾ ഇങ്ങനെ കണക്കുണ്ടാക്കി കണക്കൊട്ടും നിങ്ങൾ കളജീനാക്കും ഡാക്കുന്ന ഹാജി ആക്കണം നിൽക്കുന്ന ഇങ്ങനെ നിങ്ങൾ മുരിത്തീതല്ല നിങ്ങൾ അരീഗിയിലാക്കുന്ന ആളെന്നല്ല രണ്ട് ഈ അനീതണ്ട് പൊക്കഹാൾ തള്ളിക്കളഞ്ഞു ഒരു മൂന്നാം ഓറിയാഴ്ച എന്തുകൊണ്ട് പൊക്കഹാ എടുത്തില്ല ഒനക്കൽ മാസം മുപ്പത് പൂർത്തിയാവുക അതിന് പിറ്റേന്ന് എണ്ണം തുടങ്ങുക അല്ലെങ്കിൽ ഇരുപത്തിയമ്പതിന് എന്താണോ ശരിയായ സാക്ഷി റമദാന നോവലിയേക്ക് ചേർത്ത് ഒരു സാക്ഷി അല്ലാത്ത എല്ലാ വിഷയങ്ങൾക്കും കണ്ടു താഴ്ച്ചു എന്തെങ്കിലും അവിടുന്ന് അതെന്റെ മുഖാങ്ങനാക്കി മൂന്നാമത്തെ അഞ്ചാം തവണ കൂട്ടാൻ അപ്പം നിങ്ങളെ പ്രശ്ന പിക്കുണ്ട് ചിരിക്കാനും മാറ്റിയിട്ടിരിക്കുന്ന കിക്കിന്റെ പെട്ടെന്ന് തവണ കൂടാതെ മാറ്റിയിരിക്കുന്ന കിക്കിന് ഹ തള്ളിക്കളഞ്ഞ ഒരാശയം വെച്ചുകൊണ്ടാണോ ഈ നമ്മൾ നോക്കിന്റെ ഫിറ്റിങ്ങനെ തെളിവാക്കേണ്ടത് അതീ തന്നൂല്ലോ അതീ സഖ്യത്തായിരുന്നു ഓദീന് ആരാണ് ഞങ്ങൾക്ക് ദുവാറ്റീൽ തന്നെ ആദ്യത്ത് അപ്പൊ എരുമിന്റമ്പിന് ഞാൻ പറഞ്ഞത് അതിന്റെ പ്രത്യേക കണക്കനുസരിച്ച് പോകുന്നുണ്ട് ആ കണക്ക് അതിനെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും ഉറക്കം എന്നെ പിറ്റിപ്പഠിക്കുകൾ അല്ല ഇതിനെ കൊണ്ട് ചിലത് ഈ പറയലുണ്ട് ആ ഇങ്ങനെ ആയിട്ടുണ്ട് നക്ഷത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ട് നിങ്ങളെ നേരെ ആര് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇത്ര കൊള്ളങ്ങൾ ശ്രമിക്കും നീക്കാൻ എന്താ പറഞ്ഞി അപ്പൊ ഇതാണ് തക്കതായിട്ടാണെങ്കിൽ സുഹലിനെ നീക്കിയല്ലേ ഒന്നയ്ക്ക് ജന്മനക്ഷത്രത്തിനാവിന്ന് മാറ്റണം അല്ലെങ്കിൽ ആണെന്ന് മാറ്റേൻ്റെ കൊണ്ടു നിങ്ങൾ നിങ്ങനെ ഓമുട്ടോണ്ടും കുത്തി കുഞ്ഞോണ്ടല്ലാതെ നീങ്ങുന്നില്ലല്ല അതാണ് ചെയ്യാതാരണമെങ്കിൽ നീ കിട്ടുവോ അപ്പൊ മുപ്പത് കൊല്ലം പോണോ ഗുഹൽ രാശി മാറണമെങ്കിൽ മുപ്പത് കൊല്ലം അപ്പൊ മുപ്പത് വന്തിയാണ് കഷ്ടപ്പെടാൻ പോയി അതാ ഹുക്കുമ്പോ അപ്പൊ ഹാസിനോ ഈ അഹക്കാമിന്റെ ചില അസുബാബുകള് കൂട്ടി പിടിക്കുക ചില കാര്യകാരണങ്ങൾ എന്നിട്ടോ ചില ഹവാദിസിന്റെ മേൽ തിരികെ പിടിക്കും എന്നതിനാൽ ഇന്നതുണ്ടായി ബാഹുമായി തോന്നുന്ന ചില അസുബാബുകൾ ഈ അസുബാബ് കൂട്ടിച്ചാന്ന് അത് കാരണം പറയാം ഉദാഹരണത്തിന് ഇന്നലെ ചെറുവത്തൂറിന് മുറേ ബസ്സിന് വസ്തു അല്ലെ ഞങ്ങൾ വേറൊരു ബസ്സിന് കയറി നാടൻ ബസ്സിന് നാടൻ ബസ്സിന് കയറി ഇരിക്കലോടെ സ്റ്റേറ്റ് അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചൂടെ ഒരു ബസ് സ്റ്റാൻഡിൽ കുറേ സമയം ബസ് കാത്തു നിന്ന് ബുദ്ധിമുട്ടുകയും കിട്ടാതെ നിരാശപ്പെടുകയും ചെയ്താൽ പെട്ടെന്ന് സേറ്റ് ബസ് വരാനുള്ള മാർഗം എന്താണ് ഉടനെ നാടൻ ബസ്സിൽ പോവാൻ വിളിച്ചിട്ടുണ്ട് ഇപ്പോഴില്ലെന്നുണ്ട് എല്ലാ ഇന്നലെ കണ്ടാക്കാൻ അനുഭവം പറഞ്ഞു ഇന്നോ അനുഭവം ശരിക്കാം നിങ്ങൾ മൂന്നാൾക്കുള്ള അനുഭവം ഇങ്ങനെ തിരിച്ചട്ടെ നമ്മളെ മൂന്നാൾ അനുഭവം നമ്മ രണ്ടാള് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സാക്ഷിയായി മൂന്നാളെ പറഞ്ഞു വന്നത് സാക്ഷിയായി അറിയോ അങ്ങനെ ആക്കലെങ്കിലും ശാസ്ത്രമോ ആക്കാൻ നിങ്ങൾ കഴിവില്ലാത്ത തോറ്റം നിങ്ങൾ നീ അങ്ങനെ ആദ്യം തീർത്ത് നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ നമ്മളെ കഴിവ് നിങ്ങളെ ബലഹീനതയും ആ അയൽപ്പെട്ടത് കാക്കം തൂറിയാലുള്ള ശാസ്ത്രയിൽപ്പെട്ടതാണ് ഗോളി കരഞ്ഞാലി കാക്കൻ തൂറിയാലി ഈച്ച പാറിയാലി പൂച്ച മുറത്തിനെ പാഞ്ഞാലേ കുറുക്കൻ ഓടിയാലേ ഇതെല്ലാം അയൽപ്പെട്ടതാണ് ഈ ധനീനപടിക്കലുണ്ടല്ലിന്നി ഒരു വൈദ്യം നാടി പിടിച്ചിട്ട് ചില രോഗങ്ങൾ കണ്ടുപിടിക്കുന്നില്ലേ അതിനോട് തുല്യം എന്ന് പറയപ്പെട്ട് അതിനാൽ കാണാൻ പോയതാണ് അവയെ ഓർമ്മ പറയും ഇതാണെങ്കിൽ രണ്ട് അടിസ്ഥാന ഒരു തെളിവുണ്ട് മറ്റേ തെളിവൊന്നുമില്ല നാടി പിടിച്ചിട്ട് പറയാൻ പോകുന്ന ആത്തി വിപ്പ് നോക്കിയിട്ട് ഇന്നതാണിവ ഡോക്ടർമാർ പറയുന്നില്ലേ എന്റിന്റെ പോലെ അലാമ സഹദിസും ഈ രോഗിന്റെ തടിയിൽ ഭാവിയിൽ രോഗം വരാൻ പോന്നിട്ട് നാടിയുടെ മുടിപ്പ് നോക്കിയിട്ട് വൈദ്യം പറയും പോലെയാണ് അതെന്താ സാപനം അവന്റെ പടപ്പുകളിൽ എല്ലാ സുമാഹാനാടാല സുന്നത്തുകൾ ആകാതുകൾ നടക്കുന്നതിനെ പറ്റി ഒരു അറിവാണത് ഏ പക്ഷെ വലാഖിംഗത് സമഹുസ്ത അറിവ് അതിനെ ചട നിരുത്സാഹപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പലരും കലാകന്റെ ഒരു വിജയം കണ്ടെടുത്തു പോകും കൊച്ചാലും അന്താക്കണിയുന്നുണ്ടാവില്ല അതിനാൽ അതുണ്ടായി ഇതിനാൽ ഇതുണ്ടായി ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി അപ്പൊ അന്നാരെ മറന്നിട്ട് നായിറായ അസുബാബന്ധോ ആ അസുബാബിനോട് വ്യക്തി വാദിച്ചിരിക്കും ബാക്കിയാൽ എല്ലാവരും ഉണ്ടായി അതുകൊണ്ട് ചെറിയ അതിന്റെ നിയമാങ്കാര്യത്തിന്റെ ഒരു വകുപ്പ് കൊടുത്ത് ചാടും നിങ്ങൾ കണക്കാക്കിയപ്പോ അങ്ങനത്തെ പരിപാടിയാണ് വേണ്ടത് അക്കാർ കൊള്ളുമോ അതൊക്കെ ഉപമസിക്കുമോ കതിറിനെ പറ്റിയുള്ള ചർച്ച വന്നാൽ നിങ്ങൾ ഉണ്ടാകണ്ടെന്നുള്ളത് കതിർ ചർച്ച ചെയ്താൽ വ്യക്തിയിലൊരു സത്യം അങ്ങനെ ചോദിക്കും ഇമാൻകാര്യ ഈമാൻകാലത്തിന്റെ അക്കീതയ്ക്ക് വഴി കണക്കാക്കപ്പെട്ട ഒരു അളവുണ്ട് അതി അളവ് വേണം അതിന്റെ അപ്പുറം ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ചോദ്യങ്ങളൊക്കെ നമുക്ക് അത് ഉത്തരം കിട്ടൂല അത് എന്താണ് ആദ്യം പഠിക്കണം വൈദാതെ നുജുവും അതുപോലെ നുജോമിന്റെ കഥായൊക്കെ പറയില്ലേ ആ അന്നേരം സിക്കും ഉണ്ടാകണം എന്നോണം അന്നേരം ഇന്ന ചോദിച്ചാൽ ഇതാത്ത ലഹാളിക്കുന്ന ഹരീസും നടത്തിയിട്ടാണ് ഇരുപത്തെട്ട് മഹാനക്ഷത്ര അശ്വതി പിണി കാർത്തികീരം തിരുവാതിര പുനർദം പൂജ എണ്ണിച്ച് അതിന് അറബി പേരും ഉണ്ട് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഹരീസ് എല്ലാത്തിനും കാല പ്രസവം കാലപ്രസുഖം എന്തായാലും കാല പ്രസവം ആരംഭി ഹനീസ് റിപ്പോർട്ട് ചെയ്താണ് ഇതെന്തായാലും പോയെങ്കിൽ ഇത് സംഭവിച്ചു ഇരുപതൊക്കെ വിസ്തെ വന്നപ്പോ ഇത് കുഴിച്ചു മൂടാൻ അത് രസൂസുകൾ എല്ലാം ദൗത്യം തന്നെ കാണും ഈ സഹനത്തിന് കുഴിച്ചു മുടാൻ അത് പ്രചരിപ്പിക്കാൻ പോയി നിങ്ങളെപ്പോഴത്താണ് അണീറ്റ് കൊളത്തിയത് എല്ലാത്തിനും അടീറ്റ് കൊളത്തിൽ വൈതാദുര അസഹാദി താമസിക്കൂ അസഹാദിമാരെ പറ്റി എന്തെങ്കിലും ഒരു ഒരു സാനിന്റെ ഭാഗം വന്നു കഴിഞ്ഞാൽ അന്നേരം അടുപ്പിച്ചു കൊണ്ടാണ് മുണ്ടാകിട്ടുള്ളൂ അദ്ദേഹം രണ്ടാമതിന്റെ അർത്ഥം അല്ല ഇൻസാക്കി പോണ്ടത് എനിക്ക് അറിയത്തല്ല ഇന്നത് പറഞ്ഞാലാം അസഹന്മാരുടെ പദവിക്ക് നിരക്കാത്ത എന്തെങ്കിലും അന്ന് അന്നരത്തിക്കൊണ്ടു മാതൊക്കെ ഞാൻ അറിയായില്ല ഉമ്മത്തിന്റെ മേലിൽ എന്റെ കാലത്തിന് ശേഷം മൂന്നുകാലം ഞാൻ പേടിക്കുന്നുണ്ട് ഒന്ന് ഹൈഫിലായി നേതാക്കന്മാർ ഉന്മ ചെയ്യരുത് നീതിയില്ലായ്മ അപ്പോ മുമ്പത്ത് വർഷ ഇച്ചോളം നല്ലാണ്ട് വേറൊന്നും നിർത്തിയിട്ടില്ല വല്ലമാണ് ബുജും അതുപോലെ ലുജോമിനെ കൊണ്ടുള്ള വിശ്വാസം അതിന് ലാസിമായിട്ട് വരുന്ന തക്കതിൽ കതിരെ കൊണ്ടുള്ള തക്കതിയും ബോട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് അപ്പൊ എന്താക്കും ലാസിമാക്കിയതാണ് ലുജോമെ കൊണ്ട് വിശ്വാസം കൂടിയാൽ കതിര കൊണ്ടുള്ള തക്കതി വന്നോണ്ട് ഇപ്പൊ ഓനെ കണ്ടിട്ടാണ് ഓന ഭവൻ കണ്ടിട്ടാ നിലപാട് നീമ്പോ മറ്റോനെ കണ്ടിട്ടാന്നല്ലല്ലോ വന്നിട്ടില്ല അപ്പൊ ഇച്ചതിനെ കാണുന്നുണ്ടോ കീ രണ്ടോ തന്നെ കണ്ടിട്ടില്ലേ എന്നാൽ മറ്റേ കണ്ട വകുപ്പ് പൈസ കിട്ടിയെന്നും പറഞ്ഞില്ലേ ഓനെ കണ്ടിട്ട് അവൻ പൈസ തോന്നി കണ്ടിപ്പോ മറ്റോനെ കണ്ടിട്ട അവൻ രാത്രി കണ്ടിട്ട് വിചാരി കിട്ടിയാണെങ്കിൽ പോയാൽ പറയുന്നു നിങ്ങൾ പഠിച്ചോ കടലിലും കരയിലും നിങ്ങൾക്ക് വഴി കാണിക്കാൻ ആവശ്യമായ ഒരു കഥ അതാണ് ഈ ഒന്നാം ചിക്കു പറഞ്ഞത് അതെപ്പോ സുമ്മാംസിക്കോ പിന്നെ അവിടെ നിർത്തിക്കൊള്ളണം രണ്ടാം ചിക്കു വാ സുമ്മാംസിക്കൂ ഇത് ചോദിക്കുന്നു വൈന്ദു എന്താ ഈ നിജോന്ന് നമുക്ക് വരനാൻ കാരണം എന്താകും നീ കലാസതി ഔതിരി മൂന്ന് വകുപ്പം ആഹതവുമായ ഒന്ന് അന്നവും മുതിർന്നും ഈ അച്ചത്തടയിൽ ഹലത്തിൽ ഭൂരിപക്ഷം ആളുകൾക്കും അത് മുതിർത്താവുന്നതാണ് അതുകൊണ്ട് ഇന്നും സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് ഓരോ മനസ്സിനെ പറ്റുകൊണ്ട് അതിനെക്കൊണ്ട് ഓരോ മനസ്സിലുണ്ടായി ഓരോ തവണ വന്നാൽ തുടങ്ങരുത് എന്നാളൊരാള് പശു കാസ് എത്തി വരും തങ്ങളുപ്പാപ്പ അത് സമസ്തക്കാർ പ്രസിദ്ധീകരണത്തിലാണ് ആ പ്രകൃതി തങ്ങളുപ്പാപ്പിയാവുക സമസ്തക്കാർ പ്രസിദ്ധീകരിക്കുകയും ചെയ്താൽ പിന്നെന്താ വാഹനങ്ങളും ഉണ്ടായിട്ടില്ല എനിക്ക് അതിലെന്തല്ലോ വിറ്റിമീൻ പറഞ്ഞിട്ടുണ്ട് അതിലെല്ലോ വക്കീലെന്തൊക്കെ പെട്ടെന്ന് വായിച്ച് എന്റെ പോരങ്ങനെയാണോ നമുക്കിപ്പോ എല്ലാം വ്യത്യാസം പറഞ്ഞു ആ പൈലി പറഞ്ഞ ആവക്കല്ല എനിക്ക് വരാൻ പോകുന്നുണ്ട് എന്തൊക്കെ പെട്ടെന്ന് തീരുമാനിച്ചു എന്റെ പോരങ്ങനെയാ നോക്കിപ്പോ അപ്പവരുടെ മുഖം എങ്ങോട്ടാണെന്നോ ഇതിന്റെ ദഹത്തെ ഇങ്ങോട്ടാണോ ഈ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു ഞാനൊക്കെ പടിഞ്ഞാറ് മുകളിലെ അച്ചാരിക്കല്ലോ ദിവടക്ക് മുകളിലെ അക്സാരിക്കുമല്ലോ ദക്ക് ഈ നാലും നാല് ജാതിയായിരിക്കും അത് മനസ്സിലാക്കിയിട്ടില്ല എന്റെ ഇപ്പോഴും നിൽക്കുമ്പോൾ അതിനാണോ രാശിയിലെ വേണ്ട നിൽക്കുന്നത് അപ്പൊ അവിടുത്തെ കപ്പൊ എന്റെ ഒന്നാണ് അപ്പൊ ഏ ഇങ്ങോട്ട് മുകളിലേന്റെ ചരിത്രമാണ് ഈ കിട്ടായി പറഞ്ഞെന്ന് ഞാൻ മനസ്സിലാക്കിയ ഇവരെത്തിനെ ഈ കുറവത്ത് പ്രസിദ്ധീകരിക്കണം എന്ന് കൊടുത്തിട്ട് എന്റെ അവസ്ഥ തന്നെ പൊന്നുക്കൾ ആശുപത്രിയിലാക്കേണ്ടെങ്കിലും വന്ന് അയാളെ തന്ത്രപരമായിട്ട് എഴുതുകയും ചെയ്ത് ആ തങ്ങത്തെല്ലാം പഠിപ്പിച്ച വലിയൊരു ഉസ്താദിനുമുണ്ട് എന്റെ കുട്ടിക്കൊണ്ട് അങ്ങനെയും കൂടെ പഠിപ്പിക്കുന്ന ഉസ്താദാണല്ലോ അയാളെ കൊണ്ട് നിങ്ങളത്തെ പൊറുപ്പിക്കണ്ടെ ഞാൻ കണ്ടാണെങ്കിൽ ഉത്തരം ഞാൻ കണ്ടുകൂടില്ല അന്നത്തെ പഠിപ്പിക്കൂലക്കുള്ളൂ ഇതായാലും ബെൽജിയം ബഹുമാനത്തോടെ തങ്ങളെ തങ്ങളെ ഉസ്താവിനെ ബഹുമാനിക്കുന്ന കൊണ്ടപ്പുണ്ട് അങ്ങനെല്ലാം ആദ്യത്തെ കുറിച്ച് കൂടെ പറയിച്ച് അവസാനം തൽക്കാലം സമാധാനം വന്നു അക്സർ ഉൾ എന്തോ ഈ പറയപ്പെട്ട സംഭവങ്ങളൊക്കെ നക്ഷത്രങ്ങളുടെ പേരിനോടനുബന്ധിച്ചിട്ട് ഇതെല്ലാം സംഭവിക്കൂ എന്ന് കൂടെ പറയാം പറഞ്ഞാൽ വകാത്തിയും അവരുടെ മനസ്സിൽ പതിയിലുണ്ടെന്നറിയോ അന്നൽ കവാക്കിബിയൽ കവാക്കിബ് തന്നെയാണ് ഇതിന്റെ മൊഹത്തിറാണ് വിശ്വസിക്കുക ഇതിന്റെ പിന്നിൽ അന്ന് ഉണ്ടെന്നുള്ള എല്ലാം പോയി വാഹന ആ ലിയത്തു മുതദുരത്ത് കിറമേലായി മാറും ലോകം നിയന്ത്രിക്കുന്ന ആലിയത്താക്കി മാറും ഈ കവാക്കി നിന്ന് അതിന് ബലോ കാരണുണ്ട് ലിയന്ന ജവാഹിറു ഷരീഫത്തും സമാവേശം മോഹിയിലൊന്നുമില്ലല്ല ആകാശത്തിൽ പോയി സ്ഥാനത്തല്ലേ കത്തി തിളങ്ങിയല്ലേ ഇന്ന് ഡ്രൈവറൊന്നുമില്ലാണ്ട് തഞ്ചരിക്കല്ല ഇന്ന് ഇന്ധന അടിക്കേണ്ട ഡ്രൈവർ വേണ്ട ആകാശമണി കൂടെ കണ്ടിരിക്കുന്നു അത്രയ്ക്ക് സാധാരണ ഒരു വസ്തു ഒന്നല്ലെന്ന് തോന്നുന്നു അതിന്റെ അല്ല ആ സ്ഥാനം അങ്ങനെയാണല്ലോ അറിയിച്ചത് ആ ഇതെല്ലാം കൂടെ കൂട്ടി വയ്ക്കും അതുമില്ല വയ അപ്പുറം വകുപ്പ് ആക്കി കൊല്ലം ഹൃദയത്തിൽ അതിന്റെ ആ പതിയിലുണ്ടല്ല അല്ല ചക്രതിയോടെ പതിയെന്ന് പറഞ്ഞു ആ പെട്ടെന്ന് തളിപ്പറയുമില്ല ി തന്നില്ല എന്ത് കാര്യത്തിന് പിന്നെ നുജു നോക്കതേ പറയേണ്ടാവുള്ളൂ അതിനു മുതലും ഇത്തവണല്ലാം നഗറാൻ തനിപ്പിന് നുജു നോക്കുമെന്ന് പറഞ്ഞു വേണ്ട നോട്ടാൻ നോക്കി ഇത്തവല്ല ഇബ്രാഹിം നോക്കുമ്പൊക്കെ നഗരാന്റെ ഫായി ഇബ്രാഹിം വേദിയല്ല പിന്നെയാണ് ഇബ്രാഹിന്റെ നദറാന്റെ ഫായി ഇസ്ലാമിക ജ്യോതിഷത്തിന് തെളിവെച്ചു കൊണ്ടാണ് മനോദര നഗരത്തിൽ അപ്പൊ നക്ഷത്രം നോക്കിയാൽ തെളിവാളിച്ച് തെളിവാണ് നക്ഷത്രമാണ് അപ്പൊ അപ്പൊ അപ്പൊ അപ്പൊ നക്ഷത്രങ്ങൾ വിശ്വസിക്കുന്ന കാലത്ത് നമ്മൾ നക്ഷത്രം നീക്കണം എന്നില്ലേ ഇപ്പൊ നക്ഷത്രത്തിന് വലിയ തീറ്റുള്ള കാലമാണ് ഈ ലാജിചക്രത്തിനോ കഞ്ഞി മൂലത്തൊക്കെ വലിയ പകായി ഉള്ള കാലമാണ് അപ്പൊ വിശ്വസിക്കേണ്ട കാലത്ത് വിശ്വസിക്കണം തിങ്ങൾ തെളിവൊടിച്ച് ചേരാത്ത് ചേരത്തും നാട്ടിപ്പായ ചേരൊന്നേ കുടം അട്ടിപ്പിടിക്കുന്ന സ്ഥലത്ത് വിളിച്ചങ്ങനെ പിടിക്കണ്ടേ അതുകൊണ്ട് കുട പിടിക്കുന്നത് ഇങ്ങനെയാണ് പിടിക്കണ്ട ഹൈരനെയും കാണുന്ന അറിയോ മഹദൂറൻ അവ മർജൂവൻ എടുത്തേക്ക് നോക്കിയിട്ട് ഹൈറു എന്നുള്ള രണ്ടു കാര്യം ആദ്യം പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറാണ് മഹദൂറൻ അവ മർജുവൻ എന്ന് പറയുന്നത് അപ്പോൾ എപ്പിലെ ചെറു ഹൈറ മുറക്കമായി എന്തുകൊണ്ട് ഹൈറു പറഞ്ഞ മർജുവൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ചെറു പറഞ്ഞ മെഹനൂർ എന്ന് പറയണോ ജി അപ്പൊ മർജുവായിച്ചോ ചെറിനെ മഹനൂറായിച്ചോ കാണുന്നത് മിൻ ജിഹത്തി നക്ഷത്രത്തിന്റെ ഭാഗത്തിൽ കൂടിയാകും അംബാനദിഖിൽ തേഞ്ഞ് മാനങ്ങ് പോയി ഇതാണ് ഇത് മർണുമാകാനുള്ള കാരണം വള്ളത്തിപ്പാട്ട് അധികം ഓർത്താന്ന് കഞ്ഞുമൂല അയാൾ കഞ്ഞിമൂല അപമാനിക്കാൻ പറയുമ്പോഴല്ലേ പറഞ്ഞു കന്നിമൂല അപമാനിച്ചു എന്താ ഈ പറയുന്നു എന്താ മൂലാട്ട് മനസ്സിലാക്കിയത് കൊക്കൂലിനെ അമ്മാനിക്കുന്നില്ല ഇവിടെ ഒന്നും കാണുന്നു ഇതെല്ലാം അതിന്റെ ഒരു അതിന്റെ ഞമ്മറിന് ചെറുത് ഒരു ബസ്സിൽ കയറി അപ്പം ചേച്ചി ബസ് വന്ന കണ്ടനുഭവിച്ചു ബസ് കയറി അതും കാലി അനുപത്തേ ഉള്ളു മഴയെ കാലി അനുഭവിച്ച് കാണുന്നുണ്ട് അരൽ വസായി ആളുകൾ എന്താക്കുന്നറിയോ നേരെ ബാധ്യതയായിട്ട് കാണുന്നെന്താണോ അതിന്റെ മുകളിൽ മാത്രം അതിന്റെ കണ്ണു പൊതിക്കും അതിന്റെ അപ്പൊ നേർക്ക് നേരെ കണ്ട ഭാഗം എന്താണ് ഞങ്ങൾ കുറെ സമയം ബസ്സിന് തൂപ്പായി ആ ഒരു മണിക്കൂറോടാണ് കടന്ന് തൂപ്പായി അവസാനം ഒന്നിക്കാതെ നമുക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഉടനെ നമുക്ക് ലോക്കൽ ഒത്തിക്കോറി പോകുമ്പോൾ പോട്ടു അപ്പോഴേക്ക് തെറ്റുവന്നി അപ്പൊ ലോക്കൽ ഒത്തിക്കോറിഞ്ഞാൽ ഉടനെ തെറ്റുവരും വസായിട്ടിന്റെ മോഡാണ് നമ്മളെ പറഞ്ഞു മറ്റി കറി ജനറൽ മത്സാഹിത്യം പറ്റാതെ എന്താണതിനെപ്പറ്റി മക്റൂഹിനാട്ടല്ലോ ഇല്ലേ ആ മക്രൂഹിനി പറയ തർക്കം വന്നിട്ട് മാതാപിറ്റുന്ന ആരും ഒപ്പിച്ചു പോലും നമ്മളായിട്ടും ഞാൻ പൊട്ട് പാട്ടല്ലും പാടും ജനറൽ ബസ് ആയി ഞാനും അല്ലെങ്കിൽ അറുബാബണ്ട പാട്ടല്ലാം പാടി അതിന് അറുബാ ബാക്കലാണ് ഞാൻ മന അറുബാ ബാക്കിയ കറാമത്തോണ്ട് അവസാനിക്കൂല അതിനർബാ ബാക്കുന്ന വാസത്തിൽ കൂടിയാണ് തറാഹത്തോ അപ്പൊ അതിപ്പോ സൗദി ജന്മക്കി നമ്മളെ ഭാഗം മറന്നുപോയി അറബ ബാക്കിയാണെങ്കിൽ കുക്കുറിന്റെ അയിന് വന്നിരിക്കുന്നു അല്ല അന്നാ നടത്തിയ സാധാരണ അസംഭാവമാണോ അത് ബക്കുറുവല്ലെ അവരി തകരന്തായ അവതരിപ്പിച്ച് കണ്ടിട്ടില്ല വേഗമോ ഇതെല്ലാം പറഞ്ഞില്ലെങ്കിൽ ഞാൻ അതെല്ലാം വന്നിട്ട് പാടല്ലാം ഉണ്ടാക്കി തേര് പാടം കഴിച്ചും ആഹാരം ഉണ്ടാകുന്നു നമുക്ക് ു പൽ കുഫറ അറബാബാക് വന്ന് കറാത്തോണ്ട് തീരൂല എനി അന്നാമുത്താലുപ്രകാരം ഒരു ചബക്ക് എന്നല്ല നിരക്കാന്നു കാപ്പി കുടിച്ചാൽ നമുക്ക് നിശാത്തു കിട്ടുന്നുണ്ട് നീതിലില്ലാങ്ങി തേരാ ഏഹ് ഞങ്ങളെ ദേശം നിന്ന് വാറ്റീന്ന് പോകുന്നുണ്ട് സഭയിലും പോകുന്നുണ്ട് നീതിലില്ലാതെ തേരാ അത് കഥാകത്തൂലല്ല അത് പറയുന്നു കടാഹത്തോട് തോന്നും എന്താ ബുദ്ധിമുട്ടായി എനിക്ക് തോന്നിയത് ഒന്നുമല്ല നീ ഇതിനെല്ലായി പറയാതെ കണ്ടും അർപ്പണമാക്കാതെ കണ്ടും ഒരു വാസിച്ചാണ് വേറെ ഇതെന്ന് ഈ സാധനം കൊണ്ട് കാര്യമുണ്ടായി മുസിർനാഥിനോ ഈ കഥ എന്ന് പറഞ്ഞത് കടാഹട്ടാകുന്നത് കുഫ്രാകുന്ന രണ്ടുപോരുണ്ടല്ലോ മുർണാ ബിനോ ഈ കഥ എന്ന് പറയുന്നത് കുപ്രാകലും ഉണ്ട് കറാഹത്താകലും ഉണ്ട് ഒരു മുബഹിലായ മനുഷ്യൻ വീതിലില്ലായോ ഈശാദെന്നും കൂട്ടാതെ കണ്ട് പറഞ്ഞാൽ കറഹത്തവലും എന്തുകൊണ്ട് അയാളെ സൗഹീദ് അയാളെ കുപ്രാക്കലിനെ തൊട്ടിട്ട് മാഞ്ഞ് കേട്ടുണ്ട് പക്ഷെ വാക്കിൽ അഥവടെ വന്നതാണ് എന്ത് പ്രശ്നം കറഹത്താകനോടെ പ്രശ്നം ഉം ആ പൂട്ടിന്റെ ഉറപ്പ് കൊണ്ട് തൽക്കാലം അത് നല്ല അളവിന്ന് മിരാഗീരിന്റെ കടുപ്പം കൊണ്ട് ഇതാണ്ട് ഈ പ്രതി കടാഹത്ത പക്ഷെ പറയുന്നതാണ് എനിക്ക് ഇല്ല എന്നുള്ള വിശ്വാസമില്ല അന്നേക്കു പറഞ്ഞു അതൊക്കെ തൗജിക്കാനും ചെറിയൊക്കെ എളുപ്പമാർഗ്ഗം ഏതെങ്കിൽ രണ്ടു ഒക്കൂല അർമാക്കി എന്നാൽ കടാഹത്തോണ്ട് തീരുവില്ല കീ പോട്ടിറങ്ങിയ കലാഹസത്തിൽ തീരുവില്ല അതായത് നമുക്ക് വന്നു ചേർന്ന് നസ്സിനോ നുറിവിനോ ഹാറ്റിസായ സാധനത്തിന് എന്താക്കി ലായുറാഴുന്ന സതമാക്കിക്കൊണ്ട് പറയാം കൊണ്ട് രചിച്ചൂരാ അങ്ങനെ വർക്കിൽ തറത്താവും ഈ മരുന്ന് കുടിച്ചപ്പഞ്ചലോണം വെട്ടം പറഞ്ഞ് അപ്പോൾ ഈ മരുന്ന് കുടിക്കലാണ് എന്തിന്റെ ലായറായ ചമ്മ എന്റെ വെട്ടം മാറാൻ ഇതെനിക്ക് ഇത് ഇണ്ടാം അതുകൊണ്ട് കുപ്പറത്ത് വന്നിട്ടുമില്ല അതൊക്കെ കെട്ട വാക്ക് പറഞ്ഞത് ഇതിനാണ് കടാഹത്ത് വരികയും ചെയ്തു അങ്ങനെ കെട്ടാനെന്താ ഭക്ഷികളൊക്കെ പറയാം ഞാൻ പറഞ്ഞ ഇങ്ങനെ പക്ഷെ മുഴുവനൊന്നുമില്ല അതുകൊണ്ടല്ല കടാഹത്ത് വന്നത് അങ്ങോട്ട് അല്ല അതിനനുസരിച്ചിട്ട് ഈ അസ്ബാവിനെ കൊണ്ടേത്തൊരു ഫീതാവൂല അതുകൊണ്ട് ഇത് ചെയ്യാത്ത പോലെ അതായത് ഏസി മാധും ഇസ്തീനാഥും രണ്ടുണ്ടല്ലോ അദ്ദേഹം മെന്റിൽ പറഞ്ഞു അസ്വാഭിന്നമ്മൾ ഏസിമാധുണ്ട് ഇഷ്ടിനാഥുണ്ട് ഏതാന്ന് നമ്മ മേസിമാതല്ല ഏസി മാധു ഏസിമാധു കുപ്പുറു സ്വത്തിനൊക്കെ എത്തിക്കുന്ന ഇസ്തനാഥ് എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ കാര്യം നടക്കൂല എന്നുള്ള ഒരു പ്രവർത്തനമാണ് എന്നാ കൂടി വെക്കട്ട് ഞാൻ കൂടി വന്നിട്ടില്ലെങ്കിലും എന്നു എഴുത്ത് കിട്ടൂലെന്നൊരു തോന്നുന്നു ആ പ്രവൃത്തി എന്താക്കുന്ന പൊട്ടിക്കൊടിയിൽ ചേർത്ത് വായിച്ചാൽ ഇതുപോലെ ഉണ്ട് കുറഞ്ഞു തോന്നിട്ടില്ലെങ്കിൽ എടുത്ത് കിട്ടൂല എന്ന് അയാൾ പറഞ്ഞ ഹിലേക്ക് എത്തിയത് അങ്ങനെ വെച്ചാലോ നിൽക്കുക എന്നുണ്ടെങ്കിൽ പറയുന്നില്ല നിത്യ കിട്ടിയ ദൗതികൾ സ്വന്തം ദൗതിക ഈ വാക്കിന് എന്താ ഈ ചേനൻ്റെ ഉണ്ടാക്കാൻ വാക്കായിട്ട് തെരുവിലും കൊടുക്കാം അപ്പൊ കൗലാലും ഫീലായാലും കറാത്തൂരുമല്ലോ കൗരം ഫീലും രണ്ടും പെട്ടെന്ന് വന്നിരിക്കുന്ന ചേനൻ മുക്കല്ല പറഞ്ഞു അപ്പൊ നൈഫായ ആളുകളെ നന്ദറം എന്താക്കും വാസത്തിന്റെ മേൽ മാത്രം പതിഞ്ഞിരിക്കുന്നവർ അതിനപ്പുറം മുട്ടെടുക്കില്ല ഉറപ്പുള്ള കാണുറപ്പുള്ള ആരും ഉണ്ടല്ലോ അവര് ഹല്ലി അവർക്ക് തിരിയും അല അന്നശംസ വന്നുജുമുസഹാ ാലും ശരി കമറായാലും ശരി ശംസായാലും ശരി എല്ലാം അല്ല നിതിന് പ്രകാരം അല്ല തീരുമാനിച്ച മോലെ കഴിക്കുന്ന സാധനം മാത്രമാവുന്നു ആർക്ക് തിരിയുന്നു ആരെങ്കിലും ആര് മിസാല് പറയാസാരും മനുഷ്യൻ ഈ കാണുന്നതിന്റെ ഉദാഹരണം പറയാം സൂര്യൻ ഉദിച്ച ഉടനെ എവിടെ പ്രകാശം കാണുന്നുണ്ട് ഇവിടെ മുഴുവൻ പ്രകാശം കാണുന്നുണ്ട് അപ്പൊ സൂര്യനാണ് പ്രകാശത്തിനെ ഉണ്ടാക്കിയത് എന്നൊരു അവിടെ സൂര്യനെ പൊടച്ചതും സൂര്യൻ ഉദിക്കുമ്പോൾ പ്രകാശത്തിനെ പൊടച്ചതും സൂര്യനെ ഉദിപ്പിച്ചതും ഓരോരോ ഉത്തരവാദി ആരാഹുത്താരമാക്കണം സൂര്യനാണ് പ്രകാശം കൊണ്ടു തരുന്നത് എന്റെ പറഞ്ഞ മതി ചെയ്യും അതിന്റെ ഉദാഹരണം വിസാലം ലത്തി ഏ ഒരു ഉറുമ്പിന്റെ ഉദാഹരണം അല്ല ഒരിക്കൽ ആ ചെറിയൊരു ആക്കി അടച്ച് കൊടുത്തു നോക്കാ അങ്ങനെ ആ ഉറുമ്പുണ്ടാക്കുന്നത് വെളുത്ത പേപ്പറിന്റെ മുകളിലേക്കുടിങ്ങനെ നടക്കരുത് നടക്കുമ്പോൾ അതൊരു പെണ്ണിങ്ങനെ നടന്നിട്ട് എഴുത്തുണ്ടാക്കുന്നതാണ് അപ്പൊ ഈ ഉറുമ്പെന്ത് പറഞ്ഞ് ഇതെല്ലാം പരിശുണ്ടാക്കുന്നത് നിക്ക് ഇങ്ങനെ ഓട്ന്ന് ഓടിച്ചതെല്ലാം പശുണ്ടാക്കി എന്താണ് ഉണ്ടാക്കിച്ച് അപ്പോൾ അതിനേക്കാൾ ആനമാർ ഉറങ്ങി വന്ന് അത് ഉറുമൊന്നിച്ച് പറഞ്ഞ അതല്ലാടാ അതിന്റെ പിന്നില് പേന ഉണ്ട് വെറും നിപ്പൊന്നുണ്ടാവും ആ നിപ്പ് നിറ്റെ ഒരു പേന ഉണ്ട് ആ പേനയാണ് അതിന്റെ ആട് അപ്പൊ മറ്റു കാര്യം പറഞ്ഞാൽ ഒന്നല്ല അതിന്റെ പിന്നിലെ പിടിച്ച ബെരളും കൈ ഉണ്ട് ആ കൈ ജലപ്പിക്കുന്നതിനനുസരിച്ചേ എന്ത് ജനിക്കുള്ളൂ പേന ജലിക്കുകയുള്ളൂ എന്ന് വലിയ ആരിമാര് പറഞ്ഞു ആ അങ്ങനെ പറഞ്ഞ കെയ്യെന്ന് പറഞ്ഞത് ഒരു ആലത്ത മാത്രം നുള്ളിലെന്തൊരു കലാൾ മുതലൊക്കെ നടക്കുന്ന ഒരു തലിയോ ഒരു മസ്തിഷ്കരനം വർക്ക് ചെയ്യുന്ന ഒരു മിൻസാരുണ്ട് എന്ന് ഏറ്റവും പറഞ്ഞു അപ്പൊ ഇവിടെ അങ്ങ് തുടങ്ങിയ കണക്ഷൻ എവിടെന്ന് തുറന്നു പ്രത്യേക നിബ്ബ് പേന വിരല് കെയ്യ് നാല് വാക്കിട്ട് കഴിഞ്ഞിട്ടാണ് അടുത്തേക്ക് എത്തുന്നത് ഇൻസാനാകുന്ന ഈ പ്രവർത്തന ആ ഇൻസാനെ കൊണ്ട് തീർന്നെങ്കിൽ അതിന്റെ വായത്ത അവിടെയെന്ന് വെച്ചുകൊണ്ടിട്ട് പക്ഷെ അവൻ തീരുവ ഇങ്ങടുന്നപ്പുറം അല്ലാന്റെ കള്ളാകത്തിലേക്ക് ചേർത്താൽ ഈ ഇതേതാണ്ട് നേരത്തെ പേരന്റെ സ്ഥാനത്ത് അതിനപ്പം അങ്ങനെ പോയി നാലാം പാദ്യത്തിലേക്ക് എടുത്തു അല്ലാത്ത കഥത്തിലേക്ക് എത്തും വക്കാനത്തെ അലാകത്തിന് ചെറുത്താസിൻ ഒരു കടലാസിന്റെ ഉപരിതരത്തിലാണ് ആരുള്ളത് ഈ ഉറുമ്പുള്ളത് വഹിയ തന്തുലിൽ ഹത്തി എസജത്തതും ഇത് നോക്കി നിനാന്നറിയോ ഈ വെള്ളക്കടലാസിന്റെ മുകളില് ഒരു കറുത്ത ഭര ഇങ്ങനെ പുതുതായി വന്നുകൊണ്ടേ നിൽക്ക് നിങ്ങ അപ്പൊ എതും തോറും നിർദ്ദേശിച്ചിട്ടുണ്ടല്ല അത് ഒരു പ്രത്യേക ഭാഗത്തത് പ്രത്യേക ഭാഗത്തേക്കാ പോകുന്നു ചില ഭാഗത്തും ഇങ്ങനെ അങ്ങോട്ടേക്കാ പോകുന്നു അപ്പൊ പത്താഴത്തെ കിതോ അന്നഹോൾ കലം ഈ ഉറുമെന്ന് വിശ്വസിച്ചു കലമാണ് അതിന് പ്രവർത്തിപ്പിക്കുന്നത് എന്ന് തീരുമാനിച്ചു വലാ തറക്കിയായിരം ഈ പേന പിടിച്ച വിരളിലേക്ക് ആരെത്തിച്ചേർന്നില്ല ഉറുമ്പതിരെ എത്തിച്ചേർത്തില്ല പേന പിടിച്ചേ ആ പിന്നെ അവിടുത്തെ അടുത്തേക്ക് എത്തണം സുമ്മമിന്നായി ജനം പിന്നെ ആ വിരള നിൽക്കുന്ന കയ്യിലേക്ക് എത്തണം ിൽഹദ്ര കയ്യെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇറാദത്തിലേക്ക് അതിവിടെയാണ് ഉള്ളത് അതിനുശേഷമാണ് കാത്തിബിലേക്ക് എത്തേണ്ടത് ഏത് കാത്തിബ് അൽ മുനീർ ഏതാൻ ഉദ്ദേശിക്കുകയും ഏതാൻ പേന ചലിപ്പിക്കാൻ കഴിവുള്ളതുമായി ചിലപ്പോ ഉദ്ദേശിച്ചാലും ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇറാദത്താടുണ്ടെങ്കിലും ചിലപ്പോൾ കാര്യം നടക്കൂല മക്കത്ത് ഭാഗം അല്ലാതെ ഇറാദത്തിണ്ട് പക്ഷെ പേശീലെന്താക്കും അവിടെ കുതിർത്തല്ലേ പോയപ്പോ തുമ്മ മിന്നു പിന്നെ അവിടുന്ന് അപ്പൊ ഇവിടത്തേക്ക് ഗുന്നാവിലെത്തിയ തുമ്മ മിന്നുവിനെ ആ കാലിക്കൽ യതി പിന്നെന്താക്കണം ഈ യതിനെ പടച്ച ഒരു റബുണ്ടല്ലോ അവിടത്തേക്ക് എത്തണം ഒരു കുതിരത്തിന് ഇറാദത്തിനെയും അങ്ങനെ അറ്റി അറ്റി അതിനെ കുറിച്ച പത്താം ആദ്യത്തേക്ക് എത്തുമ്പോ എന്താക്കും അങ്ങനെ ആദ്യം കാണുന്ന ദീനെ പോലെ തന്നെ തടഞ്ഞു നോക്കും ലിമതശനെ സൽമഞ്ഞതുക്കുനിന്ന് പറഞ്ഞിട്ട് ഉദാഹരണം തന്നെ ഉണ്ടല്ലോ ഒരു പൈസ ലിമ തശോക്കുനിയുണ്ട് ചുമരി ഉളിയോട് ചോദിച്ചു ലിമതശോക്കുനി എന്താടാ നീ എന്നെ കൊത്തി പൊളക്കുന്നു അപ്പൊ ഉളി എന്റെ മറുപടി പറയുന്നത് സൽമഞ്ഞ് എന്റെ പിന്നീട് പിടിച്ചിട്ട് മുട്ടുന്നുണ്ട് അവനോട് ചോദിക്കും എന്തിനാ ചന്ദ്രപൊളുക്കുന്നു അതിനോടല്ലോ ചോദിക്കുന്നു അങ്ങനെ ഉദാഹരണമുണ്ട് ലിമ തശക്കുനി സൽമഞ്ഞ് അവസാനി കൊണ്ട് റബ്സാനിബാമിന്റെ ഉദാഹരണം പിടിച്ചുപോയി പരിപാടി ചെയ്തു ഇംഗ്ലീഷിലേക്ക് മനസ്സിലാക്കാം ഒരായ അവതരണം കളി ഉൾപ്പെട്ട അധികമാളെ നെദറും മക്സൂർത്തി അടീര പടിയിലെ തൊട്ടടുത്ത് കാണുന്ന അസ്ബാബ് എന്താണോ ഈ അസ്ബാബ് എന്നോടെ ചടഞ്ഞിരിക്കാൻ ആരോ പതി പൊതുജനങ്ങളെ പറഞ്ഞു നേരത്തെ ായി അദ്ദേഹപ്പെട്ട് മുറിക്കപ്പെട്ടിരിക്കുന്നു ഇത് തന്നെയാണ് തറുദ്ധം വിശ്വസിക്കണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണങ്ങൾ ഇപ്പോൾ ഒരു കാരണം അമിതമായി വിശ്വസിക്കരുത് ആ ചക്കൻ ഉണ്ടായിച്ചാണ് ഇപ്പൊ അതെ ചെലവലെല്ലാം കഴിഞ്ഞു പോകുന്നു അപ്പൊ ചക്കരില്ലെങ്കിൽ രണ്ടാമത്തെ കാരണം അവതർന്നു രണ്ടാമത്തെ കാരണം നുജൂമി ഈ നുജൂമുകൊണ്ട് പറയുന്ന ഒരുക്കമുണ്ടല്ല അതൊന്നും തട്ടിക്കായിക്കൊള്ളുന്നില്ല മാറ്റോൻ ഓന ഓൺ അംഗീകരിക്കുന്നുണ്ട് ഓണിക്ക് എന്തും പറയാം നിങ്ങൾ പോയിട്ട് പറയുന്ന എല്ലാ തിരുമൊഴിയായി ഞാൻ അംഗീകരിക്കുമെന്ന് നിങ്ങൾക്ക് എന്തും പറയാലോ ഞാൻ അംഗീകരിക്കുമല്ല അത് മുഖേന ചൂഷണം ചെയ്യും കാര്യകാരണം കൊണ്ട് ചോദിക്കാനും പാടില്ല തിരുവായിക്കും മറുപായി പാടില്ലല്ലോ അങ്ങോട്ട് അംഗീകരിച്ചോളല്ലേ വൃത്തുകൾ തിപ്പോ അത് ചൂഷണം ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞു ഏ അതെന്താന്ന് അങ്ങനെയാകുന്ന പോലെ അല്ലെ തങ്ങളുപ്പാപ്പാന്ന് ചോദിച്ചാൽ ചുറ്റം പാടില്ല ഈമന്തിട്ട് പോകും ഈമാറ്റില്ല എന്ന് എന്റെ കാര്യമായ ഒന്നാമത്തെ കടകിച്ചട വെക്കുക നൂറ്റൊന്നു കൊടുക്കണം എന്റെ മേഖല പൂജ്യം കൊടുത്തോ ബലബാ തന്നെ കൊടുത്തോ ആയിരം വർക്ക് തന്നെ കൊടുക്കണം ഏഹ് പക്ഷേ അതല്ല നിങ്ങൾ സംഘടനയിൽ നിന്ന് പുറത്തേക്കണില്ല നജീബിന്റെ എന്തെങ്കിലും സംഘടനയിൽ നിന്ന് പുറത്താക്കണോന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ മൂവായിരത്തിന് അംഗീകരിച്ചാ നിങ്ങള് പുറത്താക്കും അപ്പൊ ആദ്യം പൊറത്താക്കണ അതാകാണ്ട് നിൽക്കും ആ ഉച്ചക്ക് ചോറ് കൊടുക്കാൻ പാടില്ല ശിക്ഷ പിരിക്കുമെന്ന് കണ്ടാൽ അന്ന് നോമ്പൂരിട്ട് പോയക്കണം ഇങ്ങനത്തെ വിധി ഉച്ച ഉച്ച കൂടെ മുടക്കലാകുന്നു തീരുമാനിക്കും അന്ന് നോമ്പോക്കുണ്ട് നേരം മുടക്കാറ് നമ്മൾ രണ്ടു നേരം കൂടി കൊടുക്കും അതിനകത്ത് തയ്യാറായിരുന്നു നൽകിയിരിക്കുന്നത് പോയിക്കൂടി കൊടുത്ത് പിന്നിൽ അതിന്റെ പിച്ചമ്മയും പിരാന്തി എത്രത്തോളം എനിക്ക് നല്ലോണം അറിയുന്നുണ്ട് ഞാൻ നല്ലോണം പറയുന്നു അത് ആള് ആളെ മനസ്സിൽ തറക്കട്ടുണ്ടോ അന്നാം നൊന്മൊന് ഈ നുജോമ കൊണ്ട് പറയുന്ന ഹക്കാമുണ്ടല്ലോ വെറും മൂഹാപോഹങ്ങൾ മാത്രമാകുന്നു ഒരറ്റത്താപ്പിക്കില്ല കാരണം എത്രയോ കോടാനോട് നായ് ദൂരത്തൊതുക്കുന്ന നക്ഷത്രമോ ഗിരിയുടെ പൊരക്കിൽ നിൽക്കാൻ പറയുന്നു ഒറ്റപ്പെട്ട വ്യക്തികളുണ്ടല്ലോ ഓർക്കൊന്നും തിരികെയും ൻ അത് യക്കീനാറ്റും കിട്ടൂലറ്റും കിട്ടൂല അപ്പോൾ ഇത്തരത്തിൽ ലവാൻ്റെ മണത്തിൽ തോന്നുന്ന ഈ ഈ പിച്ചും പെയ്യാകുന്ന യക്കീനല്ലാത്ത സാധനം നമ്മളെതിനെ യക്കീനാക്കി വെച്ച് കൊടുക്കേണ്ട നമ്മളെ ബുദ്ധി അടിയറ വെക്കണം ഇത് വസ്തൽ മനർത്തെല്ലാം തന്നെ വെച്ചാളെ വിളിക്കണോന്ന് പറഞ്ഞ ആണക്കത്തെ പണ്ടത്തെ മാവാസം കൊടുത്ത് മാങ്ങ മറക്കി കൊടുക്കണ്ട പണ്ട പേരും നമ്മളെ പേർക്കുന്നത് ഇപ്പൊ തച്ചു വായിക്കുന്നില്ല ഒരു ഫീറും വരൂ വർക്കസമാവാസിക്കം വാങ്ങി മടക്കി കൊടുത്തിട്ടാണെന്ന് അസംബർ ആരാധി ആയതല്ല ഇപ്പം ആരോ അവതരിപ്പിക്കും ദിവസവും വക്കീലാണെങ്കിലും റൂസും ഉണ്ടായിരുന്നു എന്താ ഇതിന്റെ കാര്യകാരണം ഇഷ്ടത്തിലായല്ലേ അന്ന് ദുഃഖം പാടണ പറഞ്ഞ നമ്മൾ തക്രീബിന്റെ ആളാണ് നമ്മൾ തക്രീദാണ് അന്നേം ഇമാ ഇമാം മൂന്ന് പറഞ്ഞാൽ പിന്നെ ഏത് മൂന്നിനാ പേടിക്കാത്ത ദുഞ്ഞാബി ദാരിദ്ര്യം വരുമെന്നും എനിക്കും ഇമാ മൂന്നിന് രണ്ടെണ്ണം പറഞ്ഞു കൊടുത്താൽ പിന്നെ എല്ലാം അഹതൂ അതിനുള്ള ഇച്ഛ വിശ്വാസത്തോടെ പറഞ്ഞു ഇമാം പോയിപ്പോന്നു ദുഞ്ഞാബ് ജയിക്കുന്ന പറയാ സത്യത്തരം വരും പിന്നെ പേടിക്കാൻ അതിനെപ്പറൊന്നും വേണ്ട അതുകൊണ്ട് ഈ ഊണാബോഹങ്ങളെ കൊണ്ടുള്ള വിധി ഉണ്ടല്ലോ ആ വിധി എവൃതണം ജഹിരം അപ്പോൾ ഏതുപോലെ എന്നറിയോ ഇതനുസരിച്ചിട്ട് ദമ്മി അത് ജഹിരായി എന്ന എന്നുള്ള ഭാഗത്തിൽ കൂടി അല്ലെ ഇൽമിൻ എന്താക്കി ജഹിലേക്ക് എത്തിച്ചോന്നു അപ്പൊ ഇൽമേ നേരത്തെ ഇൽമായ ഭാഗത്തിൽ കൂടി മെഹമൂദ് അതിനനന്ത പലം കൊണ്ട് മതവുമായിരുന്നു ഇതുകൊണ്ടാ ഇൽമ എല്ലാം എന്നുള്ള അലക്കൻ എത്തിച്ചുണ്ടായി രാജ്യന്റെ മതമുമായി ഇതാൽമ ആയ മതത്തിൽ കൂടിയല്ലേ നമ്മളെ അതുകൊണ്ട് അല്പം ഇങ്ങനെ ഒരു എന്തെങ്കിലും പഠിച്ചു പലക്കത് കാണതാളിക്ക് മോചിതത്തിൽ ഈ നൊജോമിന്റെ ആരാ മാത്രം നോക്കി ഈ കാര്യങ്ങൾ കണ്ടുപിടിക്കലല്ല അത് ഇദിരീ സലാഹിസ്സലാമിന്റെ മോചിതത്തായിരുന്നു മോചിത അത് മനസ്സിലാക്കി കിട്ടോ വക്ക പക്ഷെ അത് തന്നെ മൂപ്പർ തീരുമാനിച്ചിട്ടില്ല അപ്പൊ സിമാക്ക അങ്ങനെ വന്നിട്ടുണ്ട് ഇന്നലെ മൂപ്പർ തീരുമാനിച്ചില്ല സീമാക്ക അങ്ങനെയാണെങ്കിൽ വക പിൻ തറത്ത ഇതിരി സലഹിസലാമോട് കൂടി അത് പോയി ും അങ്ങനെ ഓടിപ്പടിക്കല് നോറ്റുതാക്ക പഠിക്കാൻ കഴിഞ്ഞല്ല എന്നാ പിന്നെ ചിലതല്ല ഒത്തുകാണുന്നുണ്ടല്ലോ അല്ലെ അങ്ങനെ ലായിൽ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലുണ്ട് ലായിൽ പല ഒപ്പിച്ചു പറഞ്ഞുകൂടെ ഇന്ന് നല്ല കാര്യത്വം കിട്ടി എന്താണ് രാവിലെ ജെ ടി വി ആറു മണിക്ക് പോകുന്നത് കൂട്ടി വെച്ചെ രാവിലെ ജെ ടി വി പോയ കാരണത്താൽ ഇന്റെ കാനൊക്കെ ഉണ്ടാകുന്ന ഒരു ഇത്തിഫ വിചാരിക്കും വന്നു ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമയനാവാത്തതിനാക്കോന്ന് എനിക്ക് എന്തും പറയാ അപ്പൊ നമ്മ അപ്പം തോന്നുന്ന ആളാഴ്ച മാത്രം ജീവിക്കുമെന്ന് എന്തും പറയാം കൊയ്യണ്യാൽ കാര്യം കുഴപ്പമില്ല കുയ്യണ്യാൽ എന്തായി കാര്യം കുഴപ്പമില്ല അതാ അഴി പറയുന്ന വമാ എത്തും എന്നാ ചെലത് ഒത്തുകൂടുന്നുണ്ടല്ലോ മീൻ നിസാപത്തിൽ മുനജിമി മുനജിമ പറഞ്ഞ പോലെ സംഭവം നടന്നിട്ട് ഒത്തുകൂടുന്നുണ്ടല്ല അതാ അലാലു അത് വളരെ ആഗ്രഹിക്കും ഒരു മുനജിമ പറഞ്ഞില്ലേ സറപൂണ്ണമീനടത്തി യജമാനം മരിക്കുന്ന ശെരിമാരിക്ക് മേച്ചിട്ടും മേച്ചിട്ടും മരിക്കുന്നില്ല മക്കളും മക്കളെ മക്കൾ വരെ വാണു കഴിഞ്ഞിട്ടും മെഡിമാറ്റിക്ക് വെച്ചിട്ടില്ല ചിലക്കൊന്നും രൂപത്തിലാ എഴുപത്തിയഞ്ചിനി താപത്തിൽ മുലജ്ജിമി അലാനൂരിൻ വളരെ നാഥലായിക്കൊണ്ട് മുലജിമി പറഞ്ഞത് ഒത്തുകാണുന്നത് ബഹുബ എത്തിപ്പാക്കുൻ അത് എത്തിപ്പാക്കാൻ യാദർശികമായി വന്നേയുള്ളൂ ഓ പറഞ്ഞതനുസരിച്ച് പുലർന്നൊന്നും വെക്കാനില്ല എന്തുകൊണ്ട് അതിഞ്ഞത്തേലാ ബാദലിൻ അസംഭാബി ചില അസംബാബിന്റെ മോൾ ഓടിക്ക് എത്താൻ കഴിഞ്ഞു പക്ഷേ അസുബാബ പൂർത്തിയായിട്ടുണ്ടാവൂല ഉണ്ടായ ഉടനെ എന്തെങ്കിലും ഉണ്ടാവില്ല എന്തുകൊണ്ട് ബാക്കി അസുബാബ് എന്നും ചേരാനുണ്ട് ശബമാത്രണ്ടായ പോലെ സുറൂത്തും ഒക്കെ ഉണ്ട് ഇല്ലാബാതെ സുറൂത്തിൻ്റെ തീറത്തിൻ്റെ ധാരാളം സുറൂത്തുകൾ വേറിയും പോണം അതുണ്ടെങ്കിലേ കാര്യം ഒത്തുകൂടുള്ളൂ അപ്പൊ അസുബാബ് എനിക്ക് തിരിഞ്ഞു സുറൂത്ത് തിരിഞ്ഞിട്ടില്ല അസ്ബാബ് വേറെ സുറൂത്ത് വേറെയാന്ന് വണ്ടേയുടെ താരീഫല്ലേ മ ഇതിലോകിയെ ശബകുന്നതാണെന്നും ചർത്തുന്നതാണെന്നും എന്തിനീക്കിന് മായുമ്പോൾ മീൻഹല മുത് മിൻ അതിമിൻ്റെ അതുമോ വല എഴുതുമ്പോൾ മിൻ മുജോതി മുജോദും വലാ അതുമല്ല ഇതാത്തിന ചർത്തന്റെ താരീഫ് അതിമിനാൽ അതുമുണ്ടാകും എന്നല്ലാണ്ട് മുജോദിനാൽ ഉണ്ടാവൂല മുജോദോ അതിമോ ഉണ്ടാക്കീരൂല ഉദാഹരണത്തിന് നിസ്കാരത്തിന്റെ ഒതു ചർത്താവില്ല ഒന്നും ഇല്ലെങ്കിൽ നിൽക്കാരുണ്ടാവില്ല അതുമിനാൽ അതുമുണ്ടായി ഒതുണ്ടായി എന്ന് കാണാത്ത നിസ്കാർ ഉണ്ടായിക്കൊണ്ടെന്നില്ല ഒതുണ്ടാക്കി ജോൻ വേർക്കില്ലെങ്കിലും അല്ലെങ്കിൽ ബസ്തീകരിച്ച നിഗ്രഹമില്ലായിരുന്നു നിസ്കാരുണ്ടായ ചോദനാൽ കുജോദിനാൽ ഭുജോദാ അതുമിനാൽ അതുമുണ്ടാകുണ്ട് അങ്ങോട്ട് രണ്ട് കലാകൃമമാണെങ്കിൽ വുജൂതിനാൽ വരൂതുണ്ടാവും ഷർത്തിന്റെ നേരെ തെളിയിച്ചാൽ ധൈര്യം വരിക വരൂതുണ്ടാവും അതുമിനാൽ അതുമുണ്ടാവും അങ്ങനെ നോക്കണം അത് മാനിയ എന്ന് പറഞ്ഞാൽ വുജൂതിനാൽ അതുമുണ്ടാകും അതുമിനാൽ വജൂദ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഛർത്തിനെ എത്തിച്ചത് മാനിയൻ വുജോതിനാൽ അതുമുണ്ടാകും ഉദാഹരണത്തിന് അതുണ്ടായാൽ ഇത് കാലം പതിലാകും ഹൈദി ഇല്ലെങ്കിൽ നിൽക്കാറുണ്ടായിക്കൊള്ളുന്നുണ്ടോ പിന്നെ നിക്കാല ഈ കുതിറത്തിൽ ബസ്സില് ഇത്തനാവ് പോലെ ഹക്കായി ഈ സുഹൃത്തുക്കൾ എന്തൊക്കെയാണ് എന്നുള്ള ഹക്കായിക്കുണ്ടല്ലോ അതിന്റെ മേലിൽ ഇത്തനാകി കയ്യലി മനുഷ്യന്റെ അല്ല ഇവ പറഞ്ഞ ഉടനെന്തായിന്നറിയോ പറഞ്ഞനുസരിച്ചിട്ട് അള്ളാഹുബാൻ ബാല തക്തീബ് ആക്കി ബാക്കി അസുബാബുകളൊക്കെ ഒത്തുകൂടിയ സമയമാണ് ബക്കായൽ നിസാബ അതായത് പറഞ്ഞ പോലെ നടന്നു വരും രാ റാത്തീപ് മച്ചിറോ റാത്തീബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഗോട് ഉണ്ടാക്കിയ ഈ അഫാലുകളാണ് ഈ അസ്വാസുകളാണ് ഈ റാത്തി പെച്ച വന്നേ ഒരു മഹസൂസായ ഒരു അസുവാസുകൾ അല്ലേ ഇത് മച്ചുറ ഇനി വയലം യുക്കാദ്ദീൻ അല്ല തക്തീവ് ആക്കിയില്ലെങ്കിലും അഷ്ട ആ ഓം പറഞ്ഞത് ഭയച്ചു അപ്പൊ ഏതുപോലെ വയക്കൂന്ന് താലിക്ക അതേ ഉദാഹരണം പറഞ്ഞാ കശ്മീർ അള്ളിസ് മാം തിരുമാറഞ്ഞു ഇന്ന് മഴവെയ്യും ഇന്ന് മഴവെയ്യും എന്താ തെളിവ് മഹമാർ അൽ ഹൈമ യുസമ്മയും മേഘ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ ചിലർ അസുബാധ കണ്ടിട്ടുണ്ടോ പക്ഷെ മേഘ എടുത്തന്നെ ഉണ്ടായാൽ കാറ്റടിച്ചിട്ട് ഈ മേഘത്തിന് പേർ തട്ടിക്കൊണ്ടപ്പോ ചിഹ്ന പിന്നെ നോക്കിയാലോ അതിലും പോയില്ലേ ബാക്കി സുഹൃത്തത്തില്ല വയം വായിച്ചും മിനൽ ജിബാൽ അത് മലകളിൽ നിന്നുണ്ടാക്കുന്ന ചലിക്കുന്നീ കണ്ടപ്പോൾ ലന്നഭൂമി ദാലിച്ച് മയവയ്യെന്ന് തോന്നി പക്ഷേ വെറുപ്പമായ അഹമീൻ നഹാർ ബിശംസിൽ കൈമോ ചിലപ്പോ പകല് ഭയങ്കര ചൂട് പിടിച്ച മേഘ അങ്ങനെ ഒരുക്കി പോകുന്നു മയവയ്യല്ല അതുകൊണ്ട് പോയി അപ്പൊ പകല് ചൂടാകാതിരിക്കാമെന്ന ചെറുത്തുകൂടെ കൂട്ടണതിന്റെ കൂടെ വെറുപ്പമായ കോഹ്ലാഫി ചിലപ്പോ ഇതിന്റെ ഹിതാഫ് ഉണ്ടാകാം فأيولاد وردك للمنزل فأي ومجبرت الغيمي لئيسا كافيا في مزيء المطار مالا يمدعون برميقم يناد من الله فجاقت من الله وفقية الأسباب لا تدرام باقية الأسباب يليك ديني طولة وكذلك تخمين المالاهي نقول ورئي قبل كارن يدع انت برين أن السفينة تسلمون إن قبل نفقر من بذولة أحساب رون ورين എന്തുകൊണ്ട് സമുദ്രം ഇളകുന്നൊന്നും കാണുന്നില്ല ശാന്തമാണ് പക്ഷെ കൊച്ചങ്കോട്ടത്തെ ആ സമുദ്രം ഇളകിക്കൂടാന്നുണ്ട് നല്ല കാറ്റടിച്ചിട്ട് തരമാല വന്നാലോ അപ്പൊ ഏത്തിമാതൻ അല അണിബുമിനൽ ആരത്തി ഫിതിയായ കാറ്റുകളിൽ അവന്റെ പതിവായി കണ്ട എന്താണോ അഞ്ചുമോൾ എത്തിമാത എഴുതിട്ടാ പറയും കപ്പലിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല തികല്ല എന്തെങ്കിലും ഇന്ന് വാഹനം അടച്ചുകൊണ്ടൊക്കെ ഇത് കോഴിക്കോട്ട് എത്തും എന്നല്ല അന്നോട് കൂടെ പോകുന്നുണ്ടോ എങ്കിലാണ് നിങ്ങൾക്ക് ടയറാവൂലെന്നൊരു ഒരു തസ്മീൻ എന്തുകൊണ്ട് ഒഞ്ചരയ്ക്കൂടാം എന്റെ കമ്പനി എത്തും പോയിട്ട് എന്തുകൊണ്ട് മുറിഞ്ഞുകൂടാം മതിക്കാലിയായി ഇനി ഈ കാറ്റുകൾക്ക് അസ്വഭാവം ഹഫിയത്തും ഹഫിയായ കുറേ ഈ അസ്വാബം കാറ്റ് എങ്ങനെ അടിക്കണം എത്ര വേഗതയിൽ അടിക്കണം എന്നൊക്കെ വേറെന്തെല്ലോ കാരണങ്ങളുണ്ട് അതിന്റെ മേലി മത്സരിക്കാം അതുകൊണ്ട് ഈ കപ്പൽക്കാരൻ രക്ഷപ്പെടുന്നുവർന്നല്ലോ അതിൽ ഒത്തൊന്നും വരാം ഫത്താളത്തം ചിലപ്പോൾ പെഴച്ചെന്നും വരാം വലിഹാദി അലിൻ ഈ കാണും വെച്ചുകൊണ്ടും നുജോമ് കൊണ്ട് സംസാരിക്കൽ വിരോധിക്കപ്പെട്ടിരിക്കുന്നു ഇത് അധിയാത്ത തിരിയാത്ത സംഗതിയാണ് തിരിഞ്ഞോ എനിക്ക് തന്നെ എന്തോ ചില്ലറ തിരിഞ്ഞിട്ട് ബാക്കിന്റെ കാര്യമൊന്നും തിരിയാതെ കണ്ടെങ്കിൽ തക്മീനായിട്ട് പറയാമെന്നേ ഉള്ളൂ എന്ന് അംഗീകരിക്കാൻ പറ്റൂല ഓ ലോഹാഗോഹങ്ങൾക്ക് വേണ്ടി നമ്മുടെ മനസ്സ് വെറുതെ ഉറക്കാക്കണ്ടാം മൂന്നാമത്തെ കാര്യം എന്താ അന്നെ ആ ഫായിത്തെ ഫീ ഇതുകൊണ്ട് ഒരു ഫാദയില്ല കാരണം ഇന്ന് സംഭവിക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് സംഭവിക്കാതിരിക്കാൻ വല്ല മാറുന്നില്ലയും വരില്ല പ്രതിരോധം കണ്ടാത്തിലോ അങ്ങനെ ഓൻ പറയുന്നത് ഇന്ന സംഭവിച്ച ഇന്നതാ വരാൻ പോകുന്നതെന്ന് അതിനെന്താ പ്രതിരോധ ആക്കി ഒക്കെ എന്താ എന്താക്കലോ സംഭവിക്കേണ്ട അല്ലാതെ തീരുമാനിച്ചാൽ വന്നാകുത്ത മറ്റേതാണ് മുമ്പറമായി കണക്കാക്കപ്പെട്ട് സംഭവിക്കാതെ കഴിയില്ലല്ലോ പരിഹാരം ഇറങ്ങില്ലല്ലേ ഇന്ന് അഴമ്പാടി അപ്പോ അതുകൊണ്ട് ഫായതയില്ലാത്തതുകൊണ്ടില്ലേ അതിന്റെ അഹമാല ഏറ്റവും മിനിമം അന്നഹു സൗദും ഫീ ഫുനീ ഒരു ഉപകാരത്തിനെത്താത്ത ഫുതോളിലുള്ള സമയങ്ങളിൽ മാത്രം നമ്പറില്ല നിയോ അംഫത് വിവാഹത്തിൽ നിൽക്കാൻ മനുഷ്യന്റെ മുടക്കുമുതലിൽ നിന്ന് ഏറ്റവും അമൂല്യമായ ഈ സമയാ ഇതിനെ നഷ്ടപ്പെടുത്തി ഫീ കൈവിതത്തിന്റെ ഒരു ഫായതയും ഇല്ലാത്തൊരു കാര്യത്തിൽ വെറുതെ സമയം ചെലവാക്കി അമൂല്യമായ സംഗതി ഏതാ നിങ്ങളുടെ സമയം ഈ സമയം മുഴുവനും വേണ്ടാത്ത ചെലവാക്കി എന്നുള്ളതാണ് ഇതാണ് ഏറ്റവും വലിയ നഷ്ടം സ്വകത്ത് റസോണുള്ള നടന്നുപോയി ഒരാളെടുക്കരുത് വന്നാത്ത മുനിത്തമിനോ അലേഹി ജനങ്ങളെല്ലാം അയാളെ വളഞ്ഞുകൂടി നിൽക്കുന്ന ഒരു ഗുരുസേന എന്നു സ്വകാല തങ്ങളെ മാഹാത എന്തവിടെ പരിപാടിയിൽ കാലു ഭ്രജുൻ അല്ലാമത്തുനിന്ന് അയാള് പല അല്ലാമാണ് പല വൈബും പറയുന്ന ആളാണ് ഏജമ്മ കണക്കെല്ലാം വെച്ച് പറയുന്ന ആളാന്നാ പറഞ്ഞത് സ്വകാലഭിമാല അല്ലാമ എന്തുകൊണ്ടല്ലാമ കാലു അൻസാബിൻ്റെ അറബ് കവിതകളെക്കുറിച്ചും അറബികൾ അൻസാബ് ഉണ്ടല്ലോ ഓരോ കബീലക്കാർ ഏത് കബീല എങ്ങനെയാണ് അതിലെതിലേക്ക് എത്തുന്നല്ലോ അറബികളെ കബീല അതിനെല്ലാം അറിയുന്ന ആളാണ് സ്വകാല സ്വല്ലം പറഞ്ഞു ഇതൊരു ഇൽമാണ് പക്ഷെ ഒരു ഉപകാരമില്ല ഇമ്മലുള്ള കേസിന്റെ പാരമ്പര്യം ആദ്യം വിലയ്ക്ക് അപ്പൊ എങ്ങനെയാണ് മുട്ടെന്ന് ചോദിച്ച് പറഞ്ഞുകൊണ്ട് ഇവിടെ വായിക്കണ്ട വായിക്കണ്ടല്ലടെ ഇനി ആ ജഹീലാണ് ഒരു ജഹിദ് പറഞ്ഞാലോ ലായി എന്ത് പറഞ്ഞത് കൊണ്ട് വല്ല ബുദ്ധിമുട്ടുകളുണ്ട് അവന്റെ പ്രശ്നം ഞങ്ങൾക്ക് അറിഞ്ഞിടാന്ന് പറഞ്ഞുകൊണ്ട് ഇൽമില്ലായും ജഹില്ലായെന്നൊക്കെ പോകുന്നു هذا هو وقال صلى الله عليه وسلم إنما الإلم شريعا يلمون ورعا آيتم محكمة أو سنة قائمة أو فريضة عادلة هذا يعني نول يموركت الإلم ونه محكم آيات هذا متكابيرنم إلا محكم آياتم هذا يجب أن يموركت الإلمين الذي أفضل هذا هو قائم آيات نبي صلى الله عليه وسلم أضعنا محكم ആദില കൊണ്ടെന്താ ഉദ്ദേശിക്കുന്നു അതിന് തുല്യമായ കാര്യങ്ങളിലും ആഴത്തിൽ പോകുക എന്നുള്ളത് ഒരപകടത്തിലേക്ക് ഊണിയിട്ടിറങ്ങലാണ് <Sess> ും ഈ ജഹാലത്തിൻ്റെ ഫാ ഇലത്തിൻ ഒരു ഫായിദയും ഇല്ലാതെ ജഹാലത്തിൽ മുങ്കലമാണ് എന്ന് മനസ്സിലാക്കൂ എന്തുകൊണ്ട് ഫൈനുദ്രൻ അള്ള കണക്കാക്കിയതാണോ അത് സംഭവിക്കതല്ലേ ചെയ്യുന്നില്ലാക്കിയും ഉറുക്കെട്ടിയോണ്ടും നോക്കില്ല കുറെ കോളം വെച്ചിട്ട് പോകുന്നു ഈ ഇന്നെല്ലോണ്ടിട്ട് കെട്ടിയാൽ ഈ കള്ള തീർക്കുന്നു അതിനെ തൊട്ട് സൂക്ഷിച്ചു നിൽക്കുക എന്നുള്ളത് മുങ്കിനല്ല അന്നേരം ചോദിക്കുന്നെങ്കിൽ മരുന്ന് കൊടുത്തിട്ട് പ്രതിരോധ ബുദ്ധിയപ്പല്ല ആദ്യം നടത്തുന്നില്ലേ ആദ്യം നടത്തിയിട്ട് ഇന്ന രോഗം വരാതിരിക്കുക എന്നല്ലോ അത് പരീക്ഷണം മുഖേന അറിഞ്ഞിട്ട് പഠിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൽമുണ്ട് ഇവിടെ ഇൽമില്ല അത് പറ അതൊരു തമ്മിന്റെ വ്യത്യാസം അതിനൊരു ബൈസ്ണ്ട് മാറ്റാം ചികിത്സ നമുക്ക് ഫൈനൽ മാസത്തുനിര അതിലേക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരും വാക്സർ അതില്ലിഹി അതിന്റെ മിക്കവാറും വിലയുകൾ എല്ലാവർക്കും പഠിച്ചിണ്ടാക്കാൻ കഴിഞ്ഞ് ഇസലായിട്ട് ഞാൻ കഴിയുന്ന മേഖലയാണ് അതിന് നിഗൂഢതകളൊന്നുമില്ല അതുകൊണ്ട് തിബര നിങ്ങൾ പറഞ്ഞ ആൾക്കുണ്ടാവില്ലേ നാടി മുടിച്ചിട്ട് പറഞ്ഞ് എനിക്ക് ഇത് സംഭവിക്കാൻ പോകുന്ന ഇപ്പം തന്നെ നമുക്കൊരു പ്രതിരോധം ഒരു ഒരു ഗുളിയതൊന്നല്ലോ ഒരു കുത്തിവെപ്പം നടത്തിയ നമുക്ക് തടയാ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ തശ്മീരല്ല അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതിയാണ് പക്ഷെ അങ്ങനെയുള്ള ആള് പറഞ്ഞാൽ ഒന്നില്ലാണ്ട് ഹക്കീംജി പറഞ്ഞതൊന്നും എടുത്തോളൊന്നില്ല ഈ സ്വപ്നത്തിന്റെ താബീർ പറയുന്നുണ്ടല്ല നിങ്ങൾ രാത്രി സ്വപ്നം കണ്ടാൽ ആ സ്വപ്നത്തിന്റെ താബേർ ഇന്നതാന്ന് പറഞ്ഞാൽ ആ താബീറൽ ഇന്നത് വരുന്നില്ലേ അന്ന് അതും മോഹാമോഹം എന്ന് പറയാൻ പറ്റുമോ അതും പറയണല്ലേ കാരണം താബീർ എന്നുള്ളത് പ്രത്യേക ഇൽമം അത് പഠിച്ചുണ്ടാക്കുന്ന ഇൽമം നുജൂം അങ്ങനെയല്ല താബീറൊന്നും മാറ്റം ഇവിടെ ൻ അതും ഏതാണ്ട് നിങ്ങൾ കണ്ട സ്വപ്നത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നതല്ലേ തശ്മീനാകുമല്ലോ പക്ഷെ നാൽപ്പത്താറിൽപ്പെട്ട ഓരോഹരിയാണിത് സ്വപ്നത്തിന് താബി എന്ന് പറയാനുള്ളത് അതുകൊണ്ട് വലാഹത്തടത്തി അതിനും അപകടമൊന്നും പറയാനുണ്ടാവില്ല അബദ്ധം പറ്റിണ്ടാവില്ല പക്ഷെ പക്ഷാൾ പറയണം ിയെല്ലാം മനസ്സിലാക്കാൻ നീങ്ങി അതെങ്ങനെ അതിനെ ആജി വെക്കണം ഏത് രീതിയിൽ തഫീവാക്കണം ആ സ്വപ്നത്തിന് എന്ത് തള്ളിക്കളയണം എന്തെല്ലാം തള്ളാൻ നിൽക്കണം എന്നുള്ളു എന്നാ തന്നെ വേറെ വേണം എന്ന് പറയാൽ പേരും പറഞ്ഞിട്ട് അതിന്റെ ആഴത്തിലിറങ്ങി ുകൊണ്ട് കിട്ടേണ്ടെന്ന ഫുത കൊണ്ടുവരിച്ച് കിട്ടിയിട്ടില്ല സമയം കുറേ ചിലവാക്കിയെ കൊണ്ട് ഒരു ഫായില്ലാണ്ടായി മതമോ മൊത്തി ഹത്തി അതായത് കോന്റെ ഹക്കിലുണ്ടായി എന്ന മതമുമായി അപ്പോൾ കുറെ സമയം കളഞ്ഞ് ഒരു ഫായതയില്ലാത്തൊരു വിഷയത്തിൽ അതിന് ഉദാഹരണം പറഞ്ഞ താനിലൊന്നും ഈ പ്രത്യേകിച്ചല്ലൊരു ഈ കപല ജരീരിഹ എൽമല്ലിന് ജടിയിലായ വളരെ അത്യാവശ്യവും അനിവാര്യവുമായ ജടിയിലായ കാര്യമുണ്ടല്ലോ അതെല്ലാം അവിടെ മാറ്റിവെച്ചിട്ട് ഗട്ടീക്കായ കുറേ കാര്യത്തിലാണ് ഓരോ കമ്മിൻ ചെലവാക്കുന്നത് ഒന്നും ഉണ്ടാക്കേണ്ടിയും മറ്റേ പലതും അനിവാര്യമായും പല കാര്യങ്ങളുടെ വാക്കിയുണ്ട് എനിക്കിപ്പോ അനുസിലാമി ഞർത്തം കിട്ടേണ്ടി അൽഫം എന്താണ് ലാമെന്താണ് മീമെന്താണെന്ന് അറിയേണ്ടത് ിൽ നിന്ന് ജലീയായ വളരെ പരസ്യമായി വ്യക്തമായ കാര്യം അറിയുന്നതിന് മുമ്പായിട്ട് എന്തറിയണം എന്നാൽ ആടെ പേരെടുക്കുന്നു അതുപോലെത്തി ഇരാഹുമായി ബന്ധപ്പെട്ട കുറേ അസാറുകളാണ് അവനിക്കറിയേണ്ടത് ബാക്കിലെടുത്തു ഇതേതുപോലെ ഇത് ഫലസഫ ഫൽസഫക്കാർ മുത്തക്കന്റെ മീങ്ങളൊക്കെ അതിലേക്ക് ഇത്തിലാകാറുണ്ട് പക്ഷോർക്ക് സ്വന്തം കാൽമ നിൽക്കാൻ കഴിക്കില്ലെന്ന് പറയും ഇല്ലാന്ന് നിക്കില്ല അത് കുറഞ്ഞ കൊണ്ടെത്തുമ്പോ എന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്ക വല്ലൂഫിയുർത്തിനാള നിരാഹിഞ്ഞത്ത് അതുപോലെ ഹബിയായ ഒരു മുതലായത് കൊണ്ട് സ്വന്തം കാൽമ നിൽക്കലി ആരാന്നറിയോ നിക്കൂല ഇല്ല ലംബിയാവുമല്ലൗലിയാവ് അമ്പിയാക്കൾ കൗലിയാക്കൾക്ക് ഏത് സാധിക്കുള്ളൂ എന്നാണ് അപ്പൊ ഇവന് ഇരിക്കുന്ന ഞങ്ങൾക്ക് ആളുകൾ കിട്ടാൻ തുടങ്ങിയാലും ഒരു പാദ്യം കിട്ടില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള അത്രരാറുകൾ ഗതയിക്കായ ഉരൂമകൾ കഫിയൂമകളെ ചർച്ച ചെയ്യുന്ന തൊട്ടിട്ട് ജനങ്ങളെ തടയേണ്ടതാകുന്നു വാതിപ്പാണ് കിട്ടിക്കൂടിയ പാടല്ലേ ആ നോക്കാം നോക്കാം നോക്കറ അപ്പൊ ജനങ്ങൾ അത്തരത്തിലുള്ള ചർച്ചകളെ തൊട്ട് തടയണം എന്നറും ഫീദാലിക്ക മക്കനാകളിൽ പിന്നെ പറയപ്പെട്ട കാര്യങ്ങളിലേക്ക് മാത്രമേ ജനങ്ങൾ എത്തിക്കണം അതിന്റെ അപ്പുറത്ത് ചർച്ചകൾ നീട്ടാൻ പാടില്ല ഫീദാലിക്ക മക്കനാകുള്ളിൽ മോസ കാരണം തോഫി കിട്ടപ്പെടുന്നവർക്ക് അതിലെത്രയും വേണ്ട പോലെ അയച്ചിർന്നു അതിന്റെ അപ്പുറത്തും മണവില്ല ഒരു മിന്റെ വിഷയത്തിൽ ആഴത്തിൽ കിടന്നിട്ട് അതുകൊണ്ട് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ച എത്ര ആളുകൾ എന്നറിയോ അയാൾ അത്തരത്തിലുള്ള കടത്തിലൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ നേനിൽ ഇയാൾ ഇപ്പൊ എത്തിച്ചേർന്നതിനാ കടത്തിലോ മുൻജാവസ്ഥയിലേക്ക് എത്തുമായിരുന്നേനേന വലായി വഴ മിന്നാ തീ വേണ്ട ചില ജനങ്ങൾക്ക് ചില എന്മകൾ നാർറാകലി ശരിക്കൊന്നും വേണ്ട ഉദാഹരണത്തിന് പറഞ്ഞ കമാറു ലഹ്മൈരിൽ ഹൽവല്ല പക്ഷിന്റെ മാംസം അതുപോലെ ഹൽവ ഹൽവന്റെ മധുരവല അല തീരു അത് മൊല കുടിക്കുന്ന കുട്ടിക്ക് വെച്ച് എത്തിയേട്ടെ അയാൾ ദേശീയ പക്ഷെ ഭക്ഷണം നല്ല ഭക്ഷണമാണ് പക്ഷെ മലോടിക്കുന്ന കുട്ടിക്ക് ഇത് വരി കൊടുത്താന്ന് നടക്കുമോ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലർക്ക് ജഹിലുണ്ടായതാണ് ഉപകാരം എന്നാ പറയുന്നത് ആളെ അറിവില്ലാൻ അത്രയും ഉപകാരം എന്നാ പറയുന്നു അന്ന ബാലന്നാസി ചാത്തി ഒരാള് ഒരു ഡോക്ടറെ പോയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ പെണ്ണുങ്ങൾ പ്രസംഗിക്കുന്നില്ല നോക്കുമ്പോ വണ്ണ ലാഹ തലിജോ പെണ്ണുങ്ങൾക്ക് മക്കളുണ്ടാകലില്ലാന്ന് കാരണം പറഞ്ഞു അപ്പൊ തബീബ് നവതാഹ തബീബ് എന്താക്കി എന്നറിയാൻ നാടി പിടിച്ച് നോക്കിട്ട് വന്നി എന്തിനാ മക്കളല്ലാം അവല്ല മക്കാലിട്ട് വന്നില്ലാഹാകെ തിലക്കി വായിൽ വിലാത പ്രസവിക്കാനുള്ള മരുന്നൊന്ന് തരേണ്ട ആവശ്യമില്ല കാരണം അത് മാത്രം സമയമില്ല പോയകത്തെ തമൂട്ടീന ഇതിനായി നാൽപ്പത് വേദിയിലെടുക്കും വിരിശൂന വന്നിട്ട് ഉം ഓരോ സമ്യയില്ലേ വക്കുന്ന കാരണം നാടിയങ്ങനെ ഞാൻ അറിയിക്കുന്നത് എത്തിക്കാടുന്നുണ്ടെന്നില്ല കണക്കിക്കാടുന്നുണ്ടല്ലേ എങ്ങനെയെന്ന് കണ്ടിട്ട് എങ്ങനെയെന്ന് ടത്തിൽ മറത്തിൽ ഹൗഫല്ലാ ഇമിത് കേക്കലോട് കൂടി പൊണ്ണേക്ക് ഭയങ്കരമായ പേടിയും പെപ്രാളം കൊണ്ടൊക്കെ നിറഞ്ഞ് അകത്താലിഹാസ് ആ കുടുങ്ങി കുന്നാനും വേണ്ട കുടിക്കാനും വേണ്ട ഉറങ്ങാനും വേണ്ട ഒന്നും വേണ്ട തനകളെന്തെന്നു വിശ്വസിച്ച് ഹാ എല്ലാം മുതലെല്ലാം എടുത്തിട്ടുണ്ടാക്കി എല്ലാവർക്കും ഇതൊരു വംശത്ത് ബാക്കിയുള്ള ഇത് മെച്ചന് കേസാക്കേണ്ടത് വസീത്തും ചെയ്ത് Has ോ വല്ലാത്ത അക്ഷരവും തിന്നുമില്ല കുടിക്കൂലാണ് കഴിച്ചുപൊട്ടി അട്ടം കളത്തിൽ മുതിർത്തു നാപ്പത് വർഷം എങ്ങനെയാ തള്ളി നീക്കി പക്ഷേ പൊലം തമുത്ത് കൊണ്ടുങ്കി ഡോക്ടർക്കിലേക്ക് അരു വന്ന് മാപ്പിളങ്ങി വന്ന് എല്ലാം പറഞ്ഞിട്ട് മെച്ചിട്ടാണില്ലല്ലാന്ന് സ്വകാര്യ തമുത്ത് കൊണ്ടുങ്കില്ലാന്ന് പറഞ്ഞ് സ്വകാല തബീബോ ഡോക്ടറെ അവരും തെളിഞ്ഞു വന്നു മേച്ചിട്ടില്ലെന്ന് എനിക്ക് നല്ലോണറിയാ തലിതുണു പ്രസവിച്ചോളൂന്ന് പറഞ്ഞു സ്വകാല കൈഫാക്കാ അതങ്ങനെയായിരുന്നു നോക്കി എല്ലാണ്ട് തടി കൂടിയതായിരുന്നു തടി കൂടി ഗർഭാശയത്തിന്റെ ഭക്കത്ത് വരെയും ഈ സഹമുണ്ടല്ലോ നെയ്ക്കൊഴുപ്പ് നെയ്ക്കൊഴുപ്പ് തിങ്ങിയ കാരണത്താല് അത് ഗർഭം ചുമക്കാണ്ട് ചെയ്യുന്നു മരിക്കൂ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചെങ്കിലല്ലാണ്ട് ഓളും മെലിഞ്ഞു വിട്ടൂലെന്ന് എനിക്കറിയാം അതുകൊണ്ട് അതുകൊണ്ട് മരിക്കും പേടിപ്പിച്ച ഹസരത്ത് ഓൾ തടി മെലിഞ്ഞ് തുമ്മൽ കുടിക്കെല്ലാം കുറഞ്ഞില്ലേല അതിന്റെ തടസ്സമെല്ലാം വീർതിരിക്കുന്നു ഡോക്ടർ പറഞ്ഞു അതോടെ ഒരു വിഷമം ഹാമിലാ വാക്കുന്ന ചികിത്സ എന്ന് പറഞ്ഞത് പക്ഷെ പറഞ്ഞാൽ അപ്പോൾ വിശ്വസിക്കുന്ന ആളുമാണ് ഇപ്പൊ നിങ്ങൾ ചാലത്തോട്ട് വിശ്വസിച്ചമായ കാര്യത്തിനായിരുന്നു അപ്പോൾ നിങ്ങളെ ജഹിലന്താ എന്നറിയോ നേരെ മറിച്ച് വിവരം അറിയുമല്ല അത് അയമ്പലെ എന്നെല്ലാം ചിന്തിച്ചിട്ട് കറിയ കൂട്ടിക്കഴിഞ്ഞാൽ ഇയാളെ പറഞ്ഞത് ഒക്കെയും ചേർക്കാതിരിക്കുകയും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പൊടും പിടിച്ചില്ല ഈ സംഭവം ും ചില അതിന്റെ അതായത് ചിലത് അറിഞ്ഞാൽ എന്ത് സംഭവിക്കും ചില തീരും അറിയാതിരുന്നെങ്കിൽ മറ്റൊന്നുണ്ടാവും ഉപകാരത്തിനില്ലാത്ത കുറെ ഇൽമുണ്ടെന്ന് തങ്ങളുടെ വാക്കിൽ തന്നെ കിട്ടി അവിടെ കാവന തേടിയത് ഹിക്കായത്തെ കൊണ്ട് നീ പാഠം ഉൾക്കൊണ്ടോ വലാതക്കും ബഹാസന്നെറ ഈ വിരോധിക്കുകയും അതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്ത ഒരൂ വെളി നീ ചർച്ച ചെയ്യാൻ നിൽക്കാൻ പാടില്ലാറ് ഈ പെണ്ണുങ്ങോ മരിക്കലിന് ഇന്നാള് ഇയാൾ മരിക്കലിനെ പറ്റി പറഞ്ഞ ജഹലുണ്ട് ജഹലുകൊണ്ടാണ് ഇപ്പോഴൊക്കെ ഉപകാരം കിട്ടിയത് മെഡിക്കൽ എന്നുള്ളത് താഹ്റ്റിക്കായിട്ട് പറയാൻ കഴിഞ്ഞല്ല ഡോക്ടർക്ക് പറയാൻ കഴിഞ്ഞല്ല അയാൾ ഇരുമ്പ് താഹീക്ക് പ്രകാരം പറയുകയാണെങ്കിൽ പെണ്ണിന് മെല്ലിയ നിൽക്കണം ആ പെണ്ണേ കണ്ടായ ജഹിലാണല്ലോ തടി ചുരുങ്ങാൻ കാരണ തടിച്ചുരുക്കാൻ കാരണം എന്തായി പുറത്തൊരിക്കുന്ന കാരണമായിട്ട് വരുന്നില്ല അപ്പൊ ജഹി കൊണ്ട വൈദ്യുതി വലാതിമന്കൃതി ബിമ്പറ്റെണ്ണന് രാജ്യമാക്കിക്കോ വഖഫ തസറനാ അത്തിബാഇ സുന്നാ സുന്നത്തിൻ അത്തിബാഇ സൈനനമി നിചുദിക്കോ അസ്ലമ തഫിലിസ്തിബാഇ അത്തിബാഇ മാത്രമാണു സലാമത്തുള്ളദ വൽ ഖസറത്തിൽ ബഹതിന ലശിയായ വനി തഖലാൻ കുറേ കാര്യങ്ങളെ കുറിച്ച് ദഅത് ചെയ്യിലും അതിനെ സ്വന്തം ഇബ്രാഹിം പറയില്ല കമിവല്ല അബഗദും തവലാ തുക്തി ലജബി റഅയിക വമാകൂലി നിന്റെ ബുദ്ധിക്കനുസരിച്ചും നിൻ്റെ അഭിപ്രായമനുസരിച്ചും ഓരോരി തർക്കങ്ങൾ ഉണ്ടാക്ക നീ വർദ്ധിപ്പിക്കൊന്നും വേണ്ട അതുപോലെ നീ ഉണ്ടാക്കിയ നിലയിൽ നീ ഉണ്ടാക്കിയ ഗൃഹാനനുസരിച്ചൊന്നും പറ്റില്ല എന്നിട്ട് താമർക്ക് അന്യ അപകാസം അനില്ലസിയാൽ ഞാനിപ്പൊ അലമായാലേ നീ ഒരു പക്ഷേ പറയുമെന്ന് ഓരോ കാലങ്ങളെക്കുറിച്ചും ഉള്ളവരുള്ളതുപോലെ അറിയാൻ വേണ്ടി ഞാൻ ചർച്ച നടത്തുകയാണ് എന്ന് ജി പറഞ്ഞിരുന്നു പക്ഷേ ഭാഗ്യത്തിൽ വെറുതെ തപക്കുറാക്കുന്നതിനാൽക്കാണ് നറവന്താ ഉള്ളത് അതിന്റെ ബുദ്ധിമുട്ടിനാൽ നിന്നിലേക്ക് ഉണ്ടായിത്തീരുന്നതാണ് അക്കുത്തനാക്കടേക്കാലേഹി നറവു ജോലിച്ചുകൊക്കടാ ചില കാര്യങ്ങൾ നീ അറിഞ്ഞു കഴിഞ്ഞാലെന്നുണ്ടല്ലോ അത് അറിഞ്ഞുപോയി എന്ന കാരണത്താൽ ആഹ്ലത്തിലേക്ക് വരിക നിറവുണ്ടാക്കിത്തീർന്നു അതറിയാതെ കണ്ടത് മൂടി വെച്ചിരുന്നുവെങ്കിൽ അത്ര ഒന്നും പ്രശ്നമുണ്ടാവില്ലായിരുന്നു ചില കാര്യം ചില രോഗിനോട് നിങ്ങളുടെ രോഗത്തിന്റെ പേരെന്താന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ പറഞ്ഞു പേടിപ്പിച്ചാൽ ഓനാക വീണ്ടും രോഗിയായി മാറലുണ്ടായി പറയുന്നത് ചികിത്സയ്ക്ക് പോയാൽ വലിയ പ്രഗത്ഭനായ ഡോക്ടർ ഉണ്ടാവും ചെയ്യുന്നല്ല നല്ല പ്രഗത്ഭനായ ഡോക്ടർ മാറും ചില ചികിത്സാകാരം നിർദ്ദേശിക്കുന്നത് സാധാരണക്കാർക്ക് ബുദ്ധിക്കാർ തോന്നി യാങ്ങനെ പറയുന്നു ചിലപ്പോ മരൊന്നും വണ്ടി വരില്ല ചില്ലറ കാര്യങ്ങൾ എനിക്ക് വണ്ടി വരിക അപ്പൊ ചികിത്സയുടെ അക്രയുന്ന ഡോക്ടർ എസ് തബിഹൽ മല്ലായ ചികിത്സയെപ്പറ്റി അറിയാത്ത ആളുകൾക്ക് ഇത് വായുതായി തോന്നിക്കും ചിലപ്പോ കണ്ടു രോഗത്തിന് ചികിത്സിക്കാൻ പോയി കാലിനുള്ളം കാലിനും നൽകാൻ അറിയില്ലണ്ടായി കലാലിക്കൽ അമ്പിയ അസിബാബുൽ കുലവും കണ്ട അതുപോലെ ഹൃദയത്തിന്റെ ഡോക്ടർമാരായ അമ്പിയാക്കളും ഉലമാക്കളും അസ്ബാബുൽ ഹയാത്തിന്റെ ഡോക്ടറവിയത്തിനെ കുറിച്ച് അറിയുന്ന ആളുകളാണ് അവരെന്തൊക്കെ പറയുന്ന അവസരം നീ ഡോക്ടറോട് എത്ര ആളും പറയില്ല പറഞ്ഞ പോലെ ഇതുപോലെ അമ്പിയാക്കണം എന്തെങ്കിലും പറഞ്ഞത് അതുപോലെ ഞങ്ങൾക്ക് ചെയ്തേക്കാം നമുക്ക് അറിയാത്തതിൽ ടെക്നിക്കൽ ലോൺസ് അറിയാമെന്ന് വെച്ചോടാം ഇതാ വക്കെ എങ്ങനെ ഭക്തി പോകുന്ന ബുദ്ധിമുട്ടാലോചിച്ചെന്തെങ്കിലും വിട്ടു കിട്ടും എന്താ ഭക്രത്തിന് എന്താണുള്ളത് പ്രയാമന്നാളിന്റെ അയവാൻ അതിന് മൂന്ന് പാർട്ടിയുണ്ട് ഓരോരുത്തർക്കുള്ള അവസ്ഥ ഇന്നതാണെന്ന് നരുകാവകാശം കളിയത് നെറുതാവകാശ കളി ഇതുകൊണ്ട് ഭക്തി ഇങ്ങനെ കണക്കുട്ടി എന്തെങ്കിലും ചില കിട്ടൂല പല തസഹക്കമ്മല സുനിയും അമ്പിയാക്കൾ നിർദ്ദേശിക്കുന്ന സുനത്തിന്റെ മേലെ നീ വിതികേൽപ്പിക്കാൻ പോണ്ടോലിക്കുദ്ധിക്ക് അർപ്പിച്ചിട്ട് ഓർക്കെതിരെയും വിധി കൽപ്പിക്കാൻ പോകാം അത് വേണ്ട മോനെ പത്തോലിക്കന്ന് നീ ആലാക്കാതി വരാനില്ല വിരലിലാണ് ഒരു വേദന ിയഹു അവന്റെ അക്കൗനോട് പറയുന്നു ബെരളി മറന്നിട്ടുണ്ടോന്നു അല്ലേ ഹത്തു തബീബു അൽ ഹാദിക്കു പ്രഗത്ഭനായ ഡോക്ടറെ കണ്ട പയാള് പറയുന്നു അന്ന ഇലാജും അഞ്ഞൂത്ത് ലാഹറും ബെലത്തെ കൈയിലെ വേദനക്ക് ഇടത്തേ കയറി ഉള്ളൻ കയറി മരുന്നിട്ടോന്നു ആര് പറഞ്ഞേ വൈദ്യം പറഞ്ഞു ഇത് പറഞ്ഞു നീ നേരം കൊടുത്താണോ ചിരിക്കൂലേ വന്നട്ടെ ഇപ്പത്തെ കേട്ടെ പൂരൊക്കെ മരിച്ച പരിപാടി ഇല്ല ഇതിപ്പോ ഇതിനെ കാണാൻ ഈ വിദൂരമായ ഒരു സംഗതി നീ കണക്കാക്കാനല്ല മിൻ പക്ഷെ ഇവിടെ ഒരു ഓരോ നാട് ചരമ്പുകളും ഓരോ കയ്യിൽ നിന്നും മറ്റേ കൈയിലേക്കും ശരീരത്തിന്റെ ഭംഗങ്ങളിലേക്കും ശരിക്കും വന്നത് യാതൊരു ബന്ധവും ഈ കൈ യാതൊരു കാണില്ല പക്ഷേ ഇവിടെയുള്ള നാട് ജനമ്പ് ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ വന്നതിന് ഈ കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്നും ഈ മരുന്ന് വിഴാൻ പോയി ഈ ഇതേഗ്രീ ചെയ്യില്ല ആ ഡാക്ടർക്കത് ചെയ്യത്തെ ഡാക്ടറാണോ കരലോകരി ഡാക്ടറായ അതൊന്നും ചെയ്യില്ല ത്തിലേക്കുള്ള ധരികനും കാര്യമിങ്ങനെ തന്നെയാണ് നിൽപ്പിച്ച സുന്നത്തുകൾ ആദാബിന്റെ ദക്കായികളെ ചിന്തിച്ചാൽ ഇങ്ങനത്തെ ഓരോ അസുലാറുണ്ടാകും അതോ ജനങ്ങളോടത് വിശ്വസിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ കുറെ അക്കായുധുണ്ടല്ലോ ആ അക്കായന്റെ ഉള്ളിൽ കുറെ അസുരാറുണ്ട് അസുറാറും പോലെ മനുഷ്യന്റെ ബുദ്ധിക്ക് അത് മുഴുവനും ചുറ്റി അറങ്ങി എന്തങ്ങനെയായി എന്ന് ചോദിച്ചാൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രാറുകൾ അതിന്റെ പിന്നിലുണ്ടാവും ചില പ്രത്യേകമായ കല്ലുകളിലുണ്ട് അജീബായ ചില കാര്യങ്ങൾ ചില കല്ലെല്ലാം മരട്ടം പൊടിച്ചിട്ട് മരണല്ലാക്കി ചോദിക്കുന്നതല്ല അജീബായ ചില കല്ലുകൾ പക്ഷെ സാധാരണ കല്ല് പൊട്ടിക്കുന്ന ജോലിക്കവർക്കൊന്നും അതിനെ വിളിച്ചാലൊന്നും അറിയില്ല ഓർക്ക് പിക്കത്തി അടിച്ച് പൊട്ടിക്കുന്നതെല്ലാം കാണാം നല്ല പ്രഗത്ഭനായ ഡോക്ടർക്കുണ്ടാകും അതിനെക്കൊണ്ട് ഇന്ന് പ്രകാരം ഉണ്ടെന്ന് അതിന്റെ കണ്ടുപിടിച്ചിട്ട് അതിനെ മരണാക്കി എടുക്കുന്നുണ്ടോ ഓർവണ്ണത്തിൽ നിങ്ങടെ പൊട്ടും പൊടിയിലെങ്കിൽ എന്തേ ചെത്തിയ പൊടിയിലെങ്കിലും എന്തേന്നാ അറിയാം അത്താലം ഇങ്ങനെ ഇരുമ്പും കാന്തങ്ങും കുട്ടി വെച്ചാറ് കുട്ടി മുക്കുന്നില്ലേ രണ്ടായി കാരണമെന്ന് അധികം ആളുകൾക്ക് അറിയാതെ എന്തായാലും ഈ കാന്തം വെച്ചിട്ട് ഈ ഇരുമ്പിങ്ങനെ പാഞ്ഞെടുക്കുന്നവരെ കാരണം പറഞ്ഞിട്ട് എന്തതിന്റെ കാരണം കാന്തത്തിന്റെ സൂര്യ ഇങ്ങനെ പച്ച നേരെ വടക്കോട്ടെ തിരിഞ്ഞിട്ടാ പോകുന്നത് വേറെ അതിലും വാർത്തയ്ക്കും പോകില്ല അതെന്താ അങ്ങനെ കണ്ടിട്ട് എനിക്ക് പറവ് ആ അതെ അതന്നെ നേട്ടവരോട് തന്നെ അതാ ഞാൻ കുച്ചി മൂത്ത കുറ്റിക്ക് അടിച്ചു താക്കാനുള്ളതാണെന്ന് ദേവതാകം എന്ന് ആൾക്കാർ പറഞ്ഞു നവംബർ ഉണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ധൈര്യം ബസ് ഉണ്ടാക്കാം ആ അത് കഴിഞ്ഞ് ഓരോ ഉദാഹരണമെങ്കിലും ഇവിടെ വന്നല്ല ഏതുപോലെ അതുകൊണ്ട് പുറ വിശ്വാസങ്ങളിലും അഖീതകളിലും അയമാലുകളിലും അജായുധം ഹറായുധം കുടികൊണ്ടിട്ടുണ്ട് ഹൃദയത്തിനെ ശുദ്ധിയാക്കാനും നല്ല തെളിയിക്കാനും അത് ഫലപ്രദമാകുന്നുണ്ടും ഹഗ്രത്തിലേക്ക് കൽബിനെന്താക്കാം കയറ്റി കൊണ്ടുപോയി ഹഗ്രത്തിൽ നിർത്താൻ ഈ അമാലുകൾ കൊണ്ട് നേടും എന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ആക്കുൾക്കൊള്ളുന്നില്ല ചെയ്യും കാലം കഴിയാൻ ഹൃദയം സൃഷ്ടിക്കാം എന്താ പറയും ഒന്നുണ്ടാക്കുമ്പോൾ നാലംഗത്തിൽ വെള്ളം കിട്ടിയത് സാധാരണ വെള്ളം എല്ലാവരും കാണുന്ന അമ്മ ഈത് കഴിയാൻ നിങ്ങൾ ഹൃദയം കൃത്യം എന്താ അതുപോലെ വെളിപ്പെട്ട് കിടക്കുന്നു പതിലാകുന്ന يا امانه لننتان ادحسرو وعلما مما في الذنيتي ولا تاثير مرندلهم ايه उत्तम الاولي كلهم அடங்கி اسرારനേക്കാണത്രയോ اسرાર എന്ന് പറ യकीन ആചുള്ളവ ഈ അമ്പിയകളെ പറഞ്ഞ അതി മാത്യോ ഡോക്ടർമാർ കണ്ടുകൊണ്ടിരിക്കുന്ന കൂടി പറയുന്നു ഇനി وكما انن لقورا تكسو وندركي مناقي الذويا മരുന്നുകൾക്കുള്ള മനാസേന എത്തിക്കുന്ന തൊട്ട് സാധാരണ അക്കനുകൾ കുടുങ്ങും അതിൽ ഈ ഗവേഷണ നിരീക്ഷണം നടത്തിയാലല്ലാണ്ട് മരുന്നിന്റെ ലാബോറട്ടറി സാധിക്കുള്ളൂ ഇപ്പൊ പത്ത് ചൊടികളുടെ പെട്ടെന്ന് അതിനെന്തെങ്കിലും അസുഖമാണ് നമുക്ക് പറയുന്നില്ലല്ലോ പക്ഷെ കൽക്കിന്റെ വിനോദ അത് വേറെ കാര്യം ചിലവരെയൊക്കെ വേണ്ടല്ലോ പച്ച ചൊടിക്കാണോ മനുമാപ്പാത്ത എന്തൊക്കെയുണ്ട് അന്തരം ഒപ്പം തന്നെ ഉപയോഗിക്കുന്നതാണ് നോക്കാം വക്കമ്മ അന്നല്ലുപ്പൂന തട്ടത്തുകൊണ്ട് ഇതാക്കി മനാസയുള്ളത് വില മരുന്നുകൾക്കുള്ള മോസായത്ത് കണ്ടുപിടിക്കാൻ ബുദ്ധികൾ എന്താക്കും തിരുമ്മും ഏതോടൊപ്പം അത് ഇഷ്ടംപോലെ വകുപ്പുകളുണ്ട് പ്രൂവ് ചെയ്യാതെ കണ്ടുപിടിക്കാനുള്ള ഫാക്ടറികളൊക്കെ ഉണ്ട് എന്തിട്ടും അത്യാൾക്ക് ചെയ്ത അപ്പോൾ അന്തിഞ്ഞാക്കൾ പറഞ്ഞാൽ ഇതിനെ പ്രൂവ് ചെയ്യാനുള്ള ഫാക്ടറികളോ അല്ലെങ്കിൽ രാബർട്ടറി എന്തിന് നമ്മുടെ കൈവരില്ലാണ്ട് ഭക്ഷണ നിഗൂഢമായി കിടക്കുക തന്നെയാണ് അപ്പൊ ഉള്ളൂ അവർ സത്യവാന്മാരാണെന്ന് പറഞ്ഞ അംഗീകരിക്കാൻ തന്നെ അടുവാറ് രക്ഷില്ല അതായത് ഉത്തർ പറഞ്ഞു വരുന്നു മഹ അന്ന അജരിപത്തെ തബീരൺ ഇലയ അജീപത്ത് നടത്താനുള്ള മാർഗങ്ങൾ ഇവിടെ ഉണ്ട് പല്ല പോലെ തക്കത്തുറ നിതറാക്കി മാ ഞാൻ ഹയാ ആശ്രത്തിൽ ഫലപ്രദമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ബോധ്യം തക്കം കൂടുമെന്നും മഹ അന്നത്ത അജിപത്തെ മുത്തുന്ന ഇലയ്യ അത് പരീക്ഷണം നടത്താനുള്ള എന്തില്ല ലാബോറട്ടറികളൊന്നും നമ്മുടെ മുമ്പിലില്ലെന്നായിരുന്നു ഇന്താ മാർഗങ്ങളെന്നറിയോ മേച്ചോടെ പോയി മടങ്ങി വരണം മരണത്തിലെല്ലാം പോയിട്ട് ഈ പറഞ്ഞതൊക്കെ ശരിയാന്ന് നമ്മളോട് തത്യം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കും ചിലപ്പോ ഒരളവോടെ നമ്മൾ മൂലവന്മാരാവും മാത്രമാണ് അപ്പൊ അങ്ങനെ ഒരു വകുപ്പൂലല്ല പക്ഷേ മരിച്ച ആളുകൾ ഭൂമിയിലേക്ക് മടങ്ങി വരിക അള്ളാഹുബാ കൊള്ളെ അടുപ്പിക്കാൻ ഇന്ന് ഇന്ന അമലുകൾ വളരെ ഉപകാരപ്രദമാണെന്ന് അയാൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ വാചിന്റെ അമ്മമാർ മുമ്പ് എത്തിയ അള്ളാഹുനത്തോട്ട് അകറ്റുന്ന ആന്മാർ ഇന്നതുമാണെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പൊ സ്വീകരിക്കാൻ തയ്യാറ് അല്ലെ എന്നാ ഈ മെച്ചാളം അടങ്ങുന്നതിനാൽക്കാണ് സാധിച്ചല്ലേ അതിന് മുമ്പേ ജീവിതത്തിൽ നമ്മുടെ കാലത്ത് ഇറക്കിയിട്ട് വന്ന അമ്പിയാക്കള് എന്തുണ്ടോ അംഗീകരിച്ചൂട ചോദ്യം തന്നെയാന്നല്ല മെച്ചാളെ പോലെ തിരിച്ചു പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാൻ തയ്യാറുണ്ടാവൂലേ എന്തുകൊണ്ട് ഈ അമ്പിയാക്കൾ അംഗീകരിച്ച ഈ മെച്ചാളിനാക്കാണ് ശ്രദ്ധിച്ച് കുറവാണോ ഇവർക്ക് അല്ലെങ്കിൽ അത് ഞങ്ങൾക്കിട പ്രത്യേകിച്ചിട്ട് കൂടിയിട്ടുണ്ടോ വക്കദാനല്ല ഇതുപോലെ തന്നെ അന്നാനടുക്കൽ അകറ്റുന്ന അക്കീത എന്തുണ്ട് അന്നാനെ കൊണ്ട് അടുപ്പിക്കുന്ന അക്കീത എന്തുണ്ട് എന്നുള്ളത് ഓർമ്മ പറഞ്ഞിരുന്നു വദാലിക്കമിമാലത്തും അടക്കം ഇനി അതാണെങ്കിലോ ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല മെച്ചാറ് വ്യക്തി എന്ന് പറഞ്ഞാൽ ം വൈദ്യമൊക്കെ അതിനിപ്പത്തെ മാർഗമുള്ളൂ അറീവ തന്നെക്കാണ് മരിച്ചാണോ വണങ്ങി വന്നു പറഞ്ഞാൽ കാണി സിതുക്കാനിക്കുണ്ട് നബി തങ്ങൾക്ക് സിതുക്കുണ്ട് എന്നുള്ള ആ ഒന്നിലേക്ക് നിന്റെ ആക്കിൽ എത്തിച്ചേരിക അയ്യാണ് നബി സ്വന്തം വാഹന അനീവ ആരാന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞത് ഇതോ റാവിനെ അവസ്ഥ വച്ച് സാധാരണ ഒരു ആൺകുട്ടി എന്നല്ല വളർത്താക്കേണ്ടത് ആ പുറത്തേക്ക് ഇഷ്ടം നമുക്കാണ് മതി ഒന്നും പ്രതികൾ എടുത്തിട്ടുണ്ട് നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യാം വിശം തീർന്നിട്ടുണ്ടേ നിസാലത്തിന്റെ സാക്ഷിയെക്കുന്ന അഞ്ച് തെളിവില്ലേ അഞ്ച് മുർഹാനുണ്ട് ഇതാക്കി വിസാലത്തുണ്ട് എന്നതിനെന്താ മുർഹാൻ ണല്ലോ എന്തടിസ്ഥാനത്തിനാണ് മുഹമ്മദ് സമ്മതിച്ചത് അത് മുർഹമ്പാടും അഞ്ച് മുർഹാനാണ് ബഹാഹംസം തയ്യാറാക്കി എടുക്കണം നമുക്ക് അദ്വാനുണ്ട് അങ്ങനെയുണ്ട് ഒന്ന് തങ്ങൾക്കുള്ള പ്രത്യേകമായ മറ്റുള്ള ആൾക്കൊന്നും മാറ്റി നിൽക്കുന്ന പ്രത്യേക അവസാഹുകളും അസലാത്തുകളും ഇവിടെ പ്രകടമായിട്ടുണ്ടെന്നും അതോടൊപ്പം ഉമ്മിയാണ് തന്നെ അപ്പോ പഠിപ്പിക്കാൻ അധ്യാപകനോ രദീപ് ചെയ്യാൻ വേണ്ടി അത് ചെയ്യപ്പോ ഒന്നുമില്ലാത്ത ഘട്ടത്തിൽ പോലും ഇത്ര മാത്രം തന്നെ ഇത് വന്നത് എങ്ങനെയാണ് ചിന്തിക്കേണ്ട വിജയങ്ങളും പിന്നെ ഭാവിയിൽ നിന്ന് സംഭവിക്കുമെന്ന് പറഞ്ഞ എഫ്വാറും ചില കൈമ്പോട്ട് പറഞ്ഞാൽ അതങ്ങനെ തന്നെ പുലരുന്ന കാണുന്നുണ്ട് എന്തുകൊണ്ട് പൂർവികന്മാരായ അമ്പിയാക്കം മുണ്ടുകഴിഞ്ഞു പോയ ആളുകൾ പലരും രബീസം ആളുകടങ്ങളെപ്പറ്റി പറഞ്ഞ് പകർച്ചു മുഴുവൻ അവസരപ്പോൾ തങ്ങളിൽ ഒട്ടു കാണുന്നുണ്ട് ആ മൂന്ന് മോഹനത്തന്നെയും പിന്നെ പരിവർത്തനങ്ങൾ ഭീകര ജനസമൂഹത്തിനിടയിൽ വലിയ മമ്പിച്ച പരിവർത്തനം ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നനച്ച് കൊടുക്കാനില്ല വിധങ്ങളായ കിട്ടാതിന് ശേഖരിച്ചെടുക്കണം അപ്പൊ മനസ്സിലായ അപ്പൊ അതിന് മാർഗത്തിലേയുള്ളൂ തങ്ങളുടെ സമതിക്കാണെന്ന് തിരിഞ്ഞുകൊള്ളാം ആ സദക്കിന്റെ മോളാണ് മനസ്സിലും ബാക്കിയെല്ലാം കൊടുത്തി കൊടുക്കുന്നത് ഇപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് കമ്പനിക്കാർ ഓർക്കുന്ന പരസ്യത്തിൽ പറഞ്ഞാൽ ഒരു ഇത്തവസ അതിന് കൊടുക്കുന്നില്ല ഒരു അറിയത്തിൽ ഒരു കാര്യം വന്നാൽ നമുക്ക് കൊടുക്കുന്നില്ല എന്നർത്ഥം എന്തോരണ്ടിരിക്കും ഇത്തസമോ സൊമാ കൊണ്ടുള്ളൂ അത് ഞാൻ കഴിക്കണം മാത്ര ആ പറഞ്ഞതിന് തസർപ്പ് നടത്തിയിട്ട് അസിലുണ്ടല്ലോ അതിനെ തെറ്റിക്കാൻ നോക്കണ്ട പറഞ്ഞ ബാഹിനാൻ്റെ അത് നീന്താറോ ഒക്കെ വിശ്വസം ഉണ്ടോ എന്ന് വിശ്വസിച്ച ഇപ്പൊ എന്താണെന്നറിയോ തങ്ങള് പറഞ്ഞെങ്കിൽ വിശ്വസിക്കേണ്ടി വരും അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തിൽ ഇഷ്ടാക്കാന ഇനി പറഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ അതിന്റെ സുഹൃത്തുക്കളില്ലാ ആ പറഞ്ഞത് ശരി പറഞ്ഞെങ്കിൽ എങ്ങനെയൊക്കെ പറഞ്ഞതോ പറഞ്ഞാൽ കൊണ്ടുവ അതിനാതി അത് സഹാണ് അതിനോട് കൊടുത്തില്ല എന്നാ പിന്നെ പത്രത്തി വരുമ്പത്തിന്റെ സിശ് കുഴപ്പമൊന്നും ചോദിക്കാത്ത നോട്ടീസ് അടിച്ചില്ലേ പണ്ടുകാലം ഓർത്തുന്നു അവധി നിക്കുന്നു കേട്ടോ ഉറങ്ങിപ്പോയി തന്നെ പഠിച്ചത് അപ്പൊ എത്ര നോട്ടീസ് അടിച്ച് അടാസിഹ്തം കുഴപ്പമൊന്നും നോക്കി എല്ലാം വേറെ കാര്യം നേടാൻ പേണ്ടി അടിച്ച് അല്ലെങ്കിൽ അടവട്ടത്തിന് തരാൻ വർത്താകാൻ പഠിച്ചു ജാതീതത്വം കേക്ക് അതില് ആഹാരിച്ചോ സത്വത്തിനാ മുറി മുസ്ലിം ഒത്തനുസ്ലിമീക്കുന്നുണ്ടാ അപ്പൊ തസവുപ്പിനൊട്ട് നീ ബുദ്ധിന അങ്ങനെ മാറ്റിയിരിക്കുക അത് മാറ്റിത്തിരിക്കാനോ അല്ലെ തെളിവയിൽ കൊടുക്കാനോ എന്നും നിൽക്കണ്ട ആ പറഞ്ഞുള്ളത് പോലെ അംഗീകരിക്കുമല്ലോ ഇല്ലാതി അതുകൊണ്ടല്ലാണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല റെയ് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി മകനും ഇനി വാതിലടക്കണം എന്ന് പറഞ്ഞാൽ അടച്ചുകൂടാതെ അല്ലാണ്ട് വേറാജ്ജെത്രമെന്നും ചോദിക്കണ്ട അല്ലെങ്കിൽ അബുബാബെന്ന പറഞ്ഞ അടക്കിയല്ല അതിനടക്കുന്നു എന്നാ പിന്നെ ജനലേ കുടിക്കില്ലേ ജനലടക്കണം ഇതിയെ കൂടി ഏറെ ഒടില്ല അതിലെ കുടിക്കാറുമില്ലേ ഇതല്ലേ ഒന്നും ശരിയാല്ല നബുവ്വനാസിൻ ഇത്തിബാഹ ഫലാ തസ്ലമു ഇല്ലാ ബിഹി വസ്സലാം നബുവ്വന് സലാം പറഞ്ഞി ഇത്ര മാത്രം അത് വെച്ചിട്ടുണ്ട് അല്ല ഇത്തിബാഹ കൊണ്ടല്ലാതെ സലാമത്തുല്ലാഹ് വസ്സലാം ഇതിനർത്ഥമില്ല വലിദാരിക ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിനൽ ഇൽമി ജഹല വയിന മിനൽ ഖൗലി അയ്യാലു ഇന്നിൽപ്പെട്ട തലതെണ്ട ജഹിലിൽ അവര്പ്പെട്ട തലതെണ്ട അയ്യ എന്ന് പറഞ്ഞ സംസാരം ഇല്ലൈമന്നേ എന്ന് പറഞ്ഞാൽ ആ കൗല് വേണ്ട ഇല്ലായിരുന്നു അത്തരത്തിലുള്ള ഇരുമ് പണ്ടില്ലായിരുന്നു ആയ അറിഞ്ഞതാണ് ജാലത്തേക്കും അറിയാണ്ട് പണ്ടതായിരിക്കും അമ്മ ആയപ്പോലും നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ ഇരുമ് ജഹുലാവൂല കൗല അയ്യാവൂല എന്ന് എല്ലാവർക്കും അറിയാലുമായഹരിക്കുന്നവറാറും ഇവറാറിന്റെ വിഷയത്തിൽ ജഹിരി എപ്രകാരമാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ ജഹജ കൊണ്ട ലണ്ടാവില്ലേ എന്നതുപോലെ ചില ഇൽമ് കൊണ്ടെന്നുണ്ടായിത്തീരുന്ന അവർ ഉണ്ടാവുന്ന പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ട് ഇൽമു ജഹിദായി പറഞ്ഞു എന്നല്ല ചിലത് പറയാനിരുന്നാൽ ഉണ്ടാകുന്ന അറിവ് ചില കാര്യം പറഞ്ഞു പോയാൽ ഉണ്ടാവുന്ന പറഞ്ഞിരുന്നു ഓൻ പറഞ്ഞില്ലെങ്കിൽ തൽക്കാലം ഒന്നും ഉണ്ടാവില്ല എന്നും وقال أيمن الله عليه وسلم قليلا من التوفيق خير من كثير العلم بالمنهل العلم لن لد لك كثيرون ذا من كان توفيق بالتقرت يال امدين راهي بتقدن الذين توفيق ാക്കണം പതി അതാണ് നമ്മൾ വിഷയം തുടങ്ങിയത് നമ്മളിതിപ്പം ചെല്ലാൻ പണം എത്ര പണമുണ്ട് എന്താ കഴിയുമോ ആരും ചിഹ്നത്തിലേക്ക് എത്തുന്നില്ല വക്കാല ഈശിസല തുറഞ്ഞു അക്ഷരചകര മരങ്ങൾ എത്ര ഉണ്ടോ വയസ്സക്കുല്ലുഹാറിൻ വസുന്ദരി എള്ള മരം പഴകിക്കുന്നുണ്ടോ മരം ധാരാളമുണ്ട് പഴം കായ്ക്കുന്ന വരം കുറവുന്നു പഴം കാഴ്ച എല്ലാം നല്ലതാ അതുപോലെ അങ്ങനെ ഇല്ലെത്ര പാടുണ്ട് പക്ഷെ എല്ലാം ഇത് മുന്നോട്ട് വയ്ക്കില്ലല്ലോ